ജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവിധ സംഹതങ്ങളായി ചമയം എന്നോ നിശ്ചയമർത്തരല്ലോ ആകുന്നത് എന്നതുകൂടാതെ കണ്ട് മറ്റേ താരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകളത്തരാദികളിൽ ഭ്രമിച്ച് വൃഥാതന കാലക്ഷേപം ദുരിതമർജിച്ചു പോവുകയല്ലോ ചെയ്യുന്നത് അത് ഈ മനുഷ്യർക്കത്രഘട്ടം മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാലായതൊക്കെ പയ്യുമ്പോള്ളാം സുഹൃതൃതങ്ങൾ തുല്യങ്ങളായിരുന്ന സമയത്തുങ്കലേ മനുഷ്യജന്മത്തിൽ ലഭിക്കൂ എൻ്റെ ജന്മത്തെ ദൈവവിദ്യാലം ബദ്ധമാക്കി കളയാതെ കണ്ട് ഒരു അവസരം വരുന്നു എത്തുങ്കൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഗിരി വരുത്തിക്കുള്ളൊണ്ട് വേണം അതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ ഇവിടെ ജന്മ രാമചന്ദ്രിക്കുന്ന രാമചന്ദ്രൻമാരെ ഭവാന്മാർക്ക് പല പല പ്രകാരങ്ങളിലും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ ആധ്യാത്മികങ്ങളായും ആദ്യ ഭൗതികങ്ങളായും അതിദൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായിരുന്നു സങ്കടങ്ങളെ ആ സകലം തന്നെ യഥാവധി ദൂരത്തുങ്കൽ കളഞ്ഞ് ഗൃഹലോകത്തുങ്ങൾ സൗക്ഷ്യത്തെയും പരലോകത്തുങ്കലയ്ക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാർത്ഥിപ്പിക്കുക ആയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത് എന്നിരിക്കുന്ന രക്ഷയിങ്ക ആരിവിടെ രക്ഷിതാവ് എന്നല്ലേ രാമചന്ദ്ര രാമചന്ദ്രൻ രാമചന്ദ്രനോ എന്തിനാകുന്നത് ഇത്ര സംശയിക്കുന്നത് രഘുകുലാലങ്കാരൂതനായി ദശരഥബുദ്ധനായി ഭക്തവത്സരനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രനെ തന്നെയാകുന്നത് ഭവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത് ആയതുകൊള്ളാം നല്ല ശിക്ഷ ഇത്ര രക്ഷാ ഉണ്ടായിട്ട് തന്ദരുപടിയെ പോലെ മറ്റേ അഹിന്ദന്നെ ഇല്ല എങ്കിലും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്നല്ലോ പറഞ്ഞത് ആയത് ഹേദവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഉപാസനക്ക് മൃതനായ ജടായുവിന്റെ നിർവ നിർവഹിച്ച് കബന്ധനെ നിഗ്രഹിച്ച് ഗന്ധർവണിമോക്ഷത്തെ പ്രദാനം ചെയ്ത് ശബരിക്ക് മോക്ഷം കൊടുത്ത് വെമ്പാനദിയെ അതിക്രമിച്ച് മല്യവാൻ പർവ്വതത്തിന്റെ തടുവര പ്രദേശത്വങ്ങൾ സീതാദേവിയെ അന്വേഷിച്ച് സഞ്ചരിക്കുന്ന അവ അവസരത്വങ്ങൾ ബാലിയാൽ ഭീതനായ മാലയവാൻ പർവ്വതത്തിൻ്റെ ഉപരിഭാഗത്തെങ്കിൽ വർദ്ധിക്കുന്ന അവസരങ്ങൾ സുഗ്രീവന്റെ നിർദ്ദേശമനുസരിച്ച് ഹനുമാൻ ഭഗവത് സമീപത്തെ പ്രാപിച്ച് ഇപ്രകാരം പ്രഭൂതം ചെയ്തു ആയത് എപ്രകാരമാകുന്നത് ുസരിതീവോ വിജാഗ്രജനുജഗോന്നിസ്തേമാലയവൂർധ്നി താപ്യ മുനശ്വോ ദ്രഷുന് വച്ച മാരുതിരഹ ഹനുമാൻ കവി അടിയൻ ഹനുമാൻ എന്നു പേരായിട്ടുള്ള കവിയാകുന്നത് ആ ഭഗവാൻ ശ്രീരാമചന്ദ്രനോട് ശ്രീ ഹനുമാൻ ഇങ്ങനെ അടിച്ചു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ അന്വേഷിച്ചും അപഹരിച്ചു കൊണ്ടുപോയതിന്റെ ശേഷം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അനുഗനായ ലക്ഷ്മണരോടുകൂടി സീതാദേവിയെ അന്വേഷിച്ചു കൊണ്ട് സഞ്ചരിക്കുന്നു ആരാണ് കൊണ്ടത് എന്താണ് ദേവിക്ക് സംഭവിച്ചത് ഒന്നും മനസ്സിലായിട്ടില്ല പർണശാലയെങ്കിൽ വന്ന് നോക്കിയപ്പോഴാണ് സീതയെ കാണാതെ കണ്ടു അങ്ങനെ വന്നപ്പോൾ അതിനു മുമ്പ് തന്നെ ലക്ഷ്മണന്റെ തന്റെ സമീപത്തെങ്കിലേക്ക് വന്നപ്പോ തന്നെ എന്തോ ഒരു ആപത് സംഭവിക്കാൻ പോകൂ എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ മായാമൃഗത്തിന്റെ പിന്നാലെ പോയത് ലക്ഷ്മണനാണ് തന്റെ സമീപത്തെങ്കിലേക്ക് വന്നേക്കുന്നത് എന്തോ എന്താണ് ഭരണശാലയെങ്കിൽ വന്ന് നോക്കിയപ്പോഴാണ് സീത എന്ത് സംഭവിച്ചു എന്താ സംഭവിച്ചത് എന്ന് മനസിലായില്ല എന്തെങ്കിലും പ്രവർത്തിച്ചോ നിശ്ചയില്ലോ അന്വേഷിച്ചു കൊണ്ടാ സഞ്ചരിക്കുന്നു ലക്ഷ്മണനോടുകൂടി ആ വനപ്രദേശത്തെങ്കിൽ എവിടെയാണ് എന്താ സംഭവിച്ചത് എന്നറിയാതെ കണ്ട് ഓരോരുത്തരോട് ചോദിച്ചുകൊണ്ടാ സഞ്ചരിക്കണത് എവിടെ ആരുല്ല ചോദിക്കാനായിട്ട് ആരുള്ളത് ചില വൃക്ഷങ്ങളോ ലതകളോ അങ്ങനല്ലേ കണ്ടതിനോടൊക്കെ ചോദിക്കെ കണ്ടു നിങ്ങൾ സീതയെ കണ്ടു എന്റെ പ്രിയതമയായിട്ടുള്ള സീതയെ എവിടെയെങ്കിലും കണ്ടു എന്ന് അന്വേഷിച്ചു ചോദിച്ചും കൊണ്ട് അന്വേഷിച്ചും കൊണ്ട് അങ്ങനെ സഞ്ചരിക്കണോ അങ്ങനെ സഞ്ചരിക്കണ സമയത്തെങ്കിലാണ് ഒരു ദീക്ഷിച്ചെന്നപ്പോ രേ അങ്ങനെ ധാരാളമായിട്ട് കാണാൻ ഇത് തന്നെയല്ല സൂക്ഷിച്ച് നോക്കിയപ്പോ അതിന്റെ അടുക്കല് എന്തോ വലുതായിട്ടൊരു രൂപവും കാണാൻ കാണുന്നു അതാണ് കണ്ടപ്പോ ഭഗവാന് ലക്ഷ്മണാ നോക്കൂ അങ്ങനെ നോക്കൂ ലക്ഷ്മണാ രക്തത്തിന് കുളിച്ചിട്ടാ കിടക്കുന്നു അക്ഷതനാണ് ഏതോ ഒരു ഭയങ്കരനായിട്ടുള്ളവനാണ് ഇവൻ ചിതയെ ഭക്ഷിച്ചു എന്നാണ് നോക്കണ്ടത് ചോണത് നോക്കൂ ലക്ഷ്മണാഹ് എന്ന് പറഞ്ഞു നോക്കിയപ്പോ പ്രാണ് മനസ്സിലായത് വല്യ രൂപ കണ്ടപ്പോ രാക്ഷസനാന്നാ വിചാരിച്ചേ ജടായു എന്നാണ് അറിഞ്ഞപ്പോ അതുവാന് എന്താ സംഭവിച്ചോ വേഗം സമീ ജഡായുവിന്റെ സമീപങ്ങളു വന്നും കൊണ്ട് എന്താ അങ്ങനെ സംഭവിച്ചേ എന്താ ഇങ്ങനെ സംഭവിച്ചത് എന്തോ ആരാണ് അങ്ങനെ ചെയ്തത് ഈ ഇങ്ങനെ ചെയ്യാനായിട്ട് ്രാപ്തനായിട്ട് ലോകത്തില് എന്താ ജഡായുസ് സംഭവിച്ചേ ചോദിച്ചപ്പോ ആണ് ജഡായുഹ് പറഞ്ഞു രാമാ വേറൊന്നുമല്ല ആ രാമൻ അവിടുന്ന് അന്വേഷിച്ചു കൊണ്ട് സഞ്ചരിക്കുന്നുണ്ടല്ലോ ഞാൻ ഇവിടെ കിടന്നും കൊണ്ട് കാണുന്നുണ്ട് അങ്ങ എവിടേക്കോ എന്തോക്കോ അന്വേഷിച്ച് അടച്ചിട്ടുണ്ടെന്നുള്ളു ആര് അന്വേഷിക്കണേ എന്ന് മനസിലായി പക്ഷെ രാമാ എനിക്ക് പറയാനായിട്ട് അക്ഷരം പുറപ്പെടണില്ല അത്രമാത്രം ദീനനാണ് അവര് അരുമല്ല എന്നെ ഇങ്ങനെ ആക്കി തീർത്തതും അവിടുത്തെ പ്രിയതമയെ അപഹരിച്ചു കൊണ്ടുപോയതും രാഷചക്രവർത്തി രാവണം തന്നെയാണ് കൊണ്ടുപോകണ കണ്ടിട്ട് അഹർമ്മമായിട്ട് പ്രവർത്തിക്കണം കണ്ടപ്പോ തടയാനായിട്ട് നോക്കിയതാണ് രമാ ഇങ്ങനെ സംഭവിച്ചൂല്ലോ എന്ന് ഞാൻ അക്ഷരങ്ങള് പറയാൻ നന്ന പ്രയാസപ്പെട്ടിട്ടാണേ അക്ഷരം പുറത്തേക്ക് വരുന്നില്ല ഇത്രയും പറഞ്ഞതോടു കൂടിയിട്ട് ജഡായുവിന്റെ പ്രാണം പോയി ആ ഭഗവാനെ കണ്ടും കൊണ്ട് ഭഗവാന്റെ സമീപത്തെങ്കില് അദ്ദേഹം പറഞ്ഞ യഥാർത്ഥത്തില് ഭഗവാന്റെ മടിയിൽ കിടന്നും കൊണ്ട് തന്നെ ജഡായുവിന്റെ പ്രാണം പോയി കഴിഞ്ഞപ്പോ ഭഗവാൻ ആ എന്തോ യോഗം തന്നെ പറയാല്ലോ ും ചിത ഉണ്ടാക്കി ആ ചിതയില് ജായുവിന്റെ സംസ്കാരാദികളായിട്ടുള്ള എല്ലാം ചെയ്തു ഇത് തന്നെയല്ല ഒരു ഉദഗക്രിയ അവിടെ ചെയ്തു എന്തായാലും ഇന്നല്ലേ അച്ഛന്റെ ഉദകക്രിയൊക്കെ ചെയ്യാനായിട്ട് തനിക്ക് സാധിച്ചില്ല ഇത് അച്ഛനെ പോലെ ഒരാൾ തന്നെയാ അച്ഛൻ്റെ അത്രയും സുഹൃത്താ ആ തിരക്ക് ഇദ്ദേഹത്തിന്റെ ചെയ്യണം നിശ്ചയിച്ചു ഭംഗിയായിട്ട് ചെയ്തു അതിൻ്റെ ശേഷം ാവണനാണ് അപഹരിച്ചു കൊണ്ടുപോയത് എന്ന് മനസ്സിലായില്ലോ ആദ്യം അന്വേഷിച്ചു കൊണ്ടുപോകുക എവിടെയാ കൊണ്ടുവച്ചേക്കനെന്ന് രാവണനെ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയ്ക്കാം എല്ലാ ലോകം മുഴുവൻ രാവണന്റെ സ്വാധീനമാണ് സ്വർഗവും ഭൂമിയും പാതാളവും എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയ്ക്കാലോ അന്വേഷിച്ചു കൊണ്ടു കണക്ക് അങ്ങനെയാണ് ദുബുദ്ധികളായിട്ടുള്ള ആളുകൾ പരാക്രമശാലികളായിട്ടുള്ള ആളുകൾക്ക് ലോകത്തിലെല്ലാവരും അനുഭൂതി ഇന്ന കാലത്തൊന്നല്ല ഇന്നും അത് അധർമ്മിക്ഷന്മാരായിട്ടുള്ള ആളുകൾക്കാണ് അനുകൂലമായിട്ട് നിൽക്കുക എന്റെ എന്താ കാര് അവരെ ഭയ അവർക്ക് അനുകൂലമായിട്ട് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്താ സംഭവിക്കുക എല്ലാ അപ്പം അതുകൊണ്ടാണ് അതിനെ അനുകൂലിക്കും ഈ സഹൃത്തന്മാരായിട്ടുള്ള ആളുകളെ അനുകൂല അനുകൂലിച്ചു വെച്ചിട്ടും പ്രതികൂലിച്ച് വെച്ചിട്ടും വലിയ വിശേഷമൊന്നുമില്ല ഇതുകൊണ്ട് ഇതാണ് അപ്പം എന്നും രാവണൻ എവിടെ ചെന്ന് എന്തിനു പുറപ്പെട്ടാലും എല്ലാവരും അനുകൂലികേ ഉള്ളൂ അതുകൊണ്ട് ലക്ഷ്മണ എവിടെയാണ് സീതയെ കൊണ്ടുവച്ചേക്കണേ നിശ്ചയിക്കരു ഒന്ന് അന്വേഷിക്കാം അങ്ങനെ അന്വേഷിച്ചു കൊണ്ട് അങ്ങനെ സഞ്ചരിക്കുന്നു ആണ് സഞ്ചരിക്കുമ്പോഴാണ് ആ കാട്ടില് കബന്ധൻ എന്ന പേര് അവരുടെ രാക്ഷസൻ കബന്ധനാണ് അവന്റെ പേര് എൻ്റെ പേര് ചൊതവേണ്ട പേരല്ല പക്ഷെ കബന്ധനായിത്തീർന്നു എന്റെ കാരണവച്ചാൽ അവന്റെ ഉപദ്രവം സഹിക്കുകയ്യാതെ കണ്ടായിട്ട് ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് നിറന്തലടിച്ച് തലയിൽ താറ്റീക്കുക എന്നിട്ട് തല എവിടെയായിട്ടാണ് വയറിലെ തല അവിടെ ആയിട്ടാണ് എന്നിട്ട് എന്നിട്ട് എങ്ങനെ സഞ്ചരിക്കാനൊന്നും വൃത്തിയില്ല കയ്യാണ് ഈ വലിയ കയ്യാണ് അപ്പോൾ ഏതായാലും സിദ്ധി കൂടേണ്ടിട്ട് ഇന്നലെ പറഞ്ഞു ഈ കയ്യുകൊണ്ട് എന്ത് കിട്ടിയാലും ഭക്ഷിച്ചോടാൻ ഇതാണല്ലോ ഭക്ഷണമാണല്ലോ പ്രധാനം അല്ലേ അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് കയ്യോടും ഇങ്ങനെ തലയോടും എന്നിട്ട് ഈ ആ കയ്യെ കിട്ടിയത് ഭക്ഷിക്കും അപ്പം കയ്യിൽ നല്ല നീടാ ോചനം നേടേണ്ടെന്നൊക്കെ പറഞ്ഞ കയ്യനെ കയ്യാൻ അവിടെ നീട്ടിക്കഴിഞ്ഞാൽ അതിന്റെ നല്ല ബല ഉണ്ടേനും കഴിഞ്ഞു എന്നിട്ട് ഉള്ളിൽ പെട്ടത് പുറത്തേക്ക് പോയില്ല ഇങ്ങനെ ഭക്ഷിച്ചു കൊണ്ടാണ് അവൻ അവിടെ ഇങ്ങനെ കഴിയണത് എവിടേക്ക് പോകാൻ നിർത്തിയില്ല ഒരു സഞ്ചരിക്കാൻ നിർത്തിയില്ല എവിടെയൊക്കെ അവിടെ ചെയ്യാനേ പറ്റുള്ളൂ അങ്ങനെയുള്ള ആ ഗോബൻ കയ്യോട്ട് കയ്യപ്പോൾ ഒരു പുറത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്രനും മറ്റേ പുറത്ത് ലക്ഷ്മണനും രണ്ടാൾ കയ്യന്റെ ഉള്ളിൽ പോയിട്ട് അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക എവിടെയാ എവിടെ ഏത് ഭാഗത്താണെന്ന് അറിയില്ലല്ലോ അപ്പോഴാണ് ഈ മുമ്പിലേക്ക് പോകാൻ നോക്കിയില്ല ഇങ്ങനെ അടുക്കളയ്ക്ക് വരില്ല ഇത്തരത്തിൽ അടുക്കളക്ക് പോകണേ മുമ്പിലേക്ക് നടക്കാനാളെ ഇങ്ങനെ ഇങ്ങനെ വരണെന്താ നേരെ അങ്ങനല്ലേ പോകണ്ടേ ഇത് എന്താ ഇവിടെ പോണേ നോക്കിയപ്പോഴാണ് ഒരു വലിയ കയ്യുന്ന തടുത്തു കൂട്ടുക അത് കണ്ടപ്പോ ഭഗവാൻ എന്താ നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായതേ ലക്ഷ്മണ എന്താണെന്ന് മനസ്സിലായോ രാക്ഷതൻ്റെ കയ്യാണ് ആ കൈ കൊണ്ട് നമ്മൾ തടിച്ചു കൂട്ടുക എന്തിനായിട്ട് അവന് ഭക്ഷിച്ചാൻ അതുകൊണ്ട് ഒട്ടും താമസിക്കേണ്ട ഒരു കാര്യം ചെയ്തോളൂ അവൻ്റെ ആ രണ്ട് കയ്യെ കണ്ടു മുറിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനും രണ്ടാടും ഓരോരുത്തരും ഓരോ കയ്യങ്ങൾ മുറിച്ചു കയ്യെ മുറിച്ചതോട് കൂടിയിട്ട് അവര് ശാപമോക്ഷ ധനു എന്നുപേരായിട്ടൊരു ഗന്ധർവനാണ് അവര് ശാപം ഹേതുവായിട്ട് വന്നേക്കണതാണ് പമോക്ഷമായ സമയത്തെങ്കിൽ അവൻ പറഞ്ഞു രാമാ അവിടുത്തെ അനുഗ്രഹവും കൊണ്ട് അപമോക്ഷായി ഒരു കാര്യം കൂടി ചെയ്യൂ ഈ ശരീരം ഒന്നും കൂടി ദഹിപ്പിക്കൂ എന്നാൽ എനിക്ക് സ്ഥിതി വരുന്നു ഓ ഇവന്റെ ശരീരം ദഹിപ്പിക്കണോ ചെറുതല്ല ശരീരം ജടായുവിനേക്കാളും ഇപ്പൊ വരണ്ട വരുതാ ലക്ഷ്മണാ ഈ ശരീരവും ദഹിപ്പിക്കൂന്നു ആ ഇനിയിപ്പോ വനവാസം കഴിയുന്നവര് ഇങ്ങനെ ദഹനം ദഹനത്തി വേണ്ടിവരും തോന്നുന്നു ഒന്നാദ്യം കഴിഞ്ഞു ചേട്ടാനുണ്ട് അതാണ് വേണ്ടതിന്റെ വേണ്ടാത്തന്നത് അവനവൻ ചെയ്യേണ്ട ആള് ഏൽപ്പിക്കേണ്ടായിട്ടില്ല അപ്പൊ എന്ത് പറ്റുന്നു വേണ്ടാത്ത പലതും വേണ്ടിവരില്ല ഈ രാക്ഷത്തിന്റെ ശരീരമൊക്കെ ധരിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ ജ്യേഷ്ഠം പറഞ്ഞാ കേക്കാണ്ടിരിക്കാൻ പറ്റുമോ എന്തായാലും ഈ സാധാരണ ചേത ഉണ്ടാക്കി ആ ചേതയിലൊക്കെ ആ ശരീരം കൊണ്ട് കിടത്തുക ചെയ്യാ ലക്ഷ്മണം നോക്കിയോ അതത്ര എളുപ്പമല്ല ചേത ആളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന നല്ലത് ചെത അവിടെ ഉണ്ടാക്കുന്നത് എവിടെ എന്ത് ചെയ്തു വൃക്ഷം വൃക്ഷങ്ങള് വെട്ടി പൂട്ടി വെണ്ട ശരീരത്തിൽ എനിക്ക് അങ്ങിട് എന്നിട്ട് അങ്ങ് ധരിപ്പിച്ചു ആ ശരീരം ധരിപ്പിച്ചപ്പോഴാണ് അവന് സൂര്വസ്ഥിതിയായി എന്താണ് വല് സമയത്തല്ല പറഞ്ഞു രാമാ രാമന്റെ അവസ്ഥയൊക്കെ എനിക്കിപ്പോ നല്ല പോലെ ഓർമ്മ തന്നു സീതാദേവിയെ അന്വേഷിച്ചു കൊണ്ട് നടക്കുക അല്ലേ ഇ കാര്യം ചെയ്തോളൂ ഈ പമ്പാനദിയെ അതിക്രമിച്ചാൽ മലവാംപ്രവത്തിന്റെ ഉപരിഭാഗത്തിൽ സുഗ്രീവൻ എന്നൊരു വാനരൻ ബാല്യെ പേടിച്ചനവധികാരായി അവിടെ വന്നു കൂടിയിട്ട് ആ സുഗ്രീവനായിട്ട് സഖ്യം ചെയ്താൽ അങ്ങയുടെ കാര്യങ്ങളൊക്കെ ഭംഗിയാകും എന്ന് വാലായിട്ടുള്ള ബ്രന്ധാൻ ഭഗവാൻ വന്നു അതിനുശേഷം അവിടെ നിന്ന് പോയി പോണ വഴിക്കാണ് ശബരിക്ക് മോക്ഷം കൊടുത്തു ശബരി അനവധി കാലമായിട്ട് ഭഗവാനെ കാത്തുകൊണ്ടിരിക്കുന്നു അവിടെ ഇങ്ങനെ ഭഗവാൻ വരും എന്ന് അത് ആ ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോയി കമ്മി കിയായിട്ട് ഭഗവാനെ സകരിച്ചു അതിന് ശേഷം വനാഗ്രഹിക്കുകയും ചെയ്തു ശബരി നിനക്ക് മോഷം ലഭിക്കട്ടെ അങ്ങനെ ശബരിക്ക് മോക്ഷം കൊടുത്തു അതിനുശേഷം അവിടുന്ന് പുറപ്പെട്ട് പാമ്പാ നദി അതിക്രമിച്ച് മല്യവാം പർവ്വതത്തിൻ്റെ കഴിവലയിൽ സീതാദേവിയെ അന്വേഷിച്ചു കൊണ്ടാണ് സഞ്ചരിക്കുന്നു അധികോട്ടായിട്ടുള്ള ഈ വനത്തിലുണ്ടോ നിശ്ചയില്ല വളരെ മനസ്സിത്തി കൊണ്ടുപോവണം സഞ്ചരിക്കാൻ നിശ്ചയം വളരെ ശ്രദ്ധയോടുകൂടി സഞ്ചരിച്ചോട്ടു അങ്ങനെ ഇരിക്കുന്ന സമയത്തെങ്കിലാണ് സുഗ്രീവൻ അനവധികാരമായി മല്യവാം പർവ്വതത്തിൻ്റെ ഉപരിഭാഗത്തെങ്കിലും വർദ്ധിക്കണേ ഏഹ് ഭാര്യ പെടിച്ചെ ആ ഹനുമാൻ സമീപത്തുണ്ടാവുകൊണ്ട് ഒരു ധൈര്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൂരായിട്ട് രണ്ട് പേര് നടക്കുന്നു ആ കാലത്ത് അകലെയാണ് നോക്കിയപ്പോ നിസ്സാരന്മാരല്ല എന്ന് മനസ്സിലായി അത് ധൈര്യശാലികള് ധീരന്മാരാണ് വീരന്മാരാണ് പല ഗുണങ്ങളുള്ളവരാണ് എന്ന് അകലേന്ന് എന്നെ കണ്ടപ്പോ മനസ്സിലായി മനസ്സിലായപ്പോ എന്തിനു വരുന്നവരാണാവോ ഏ എന്തിനാങ്ങൾ വരണേന്ന് ശരി ഇവിടൊക്കെയാ പറഞ്ഞത് ഒന്ന് തന്നെയല്ല നോക്കിയാണ് നടക്കണം നല്ലപോലെ നല്ലപോലെ നോക്കുന്നുണ്ട് ആരെയാ നോക്കണേന്ന് ശരിയാ അയില്ലല്ലോ സൂക്ഷിക്കാൻ നോക്കണത് ഹനോമാൻ രണ്ടാള നോക്കൂ ആരാ മനസ്സിലാകണില്ല ഇവിടെ എന്തോ ഒന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് മനസ്സിലാവില്ല യോഗ്യന്മാരായിട്ടുള്ള ആളുകളാണ് ഇത് തന്നെയല്ല എനിക്ക് വേറൊരു സംശയുണ്ട് ജ്യേഷ്ഠം പറഞ്ഞയച്ചു വരണവരാണോ ജേഷ്ഠൻ ഇവിടെ വന്ന് എന്നെ ദ്രോഹിക്കാൻ സാധ്യല്ല അതുകൊണ്ട് അതിന് യോഗ്യരായിട്ടുള്ള ആള് എവിടെന്നെങ്കിലും അന്വേഷിച്ച് പറഞ്ഞേച്ച ആളാണോ നിശ്ചയില്ല മനസ്സിലാവില്ലേ നല്ലപോലെ സൂക്ഷിച്ചു നോക്കേണ്ടത് ആ നോക്കണ സ്ഥിതിക്ക് ആ നോക്കണത് എന്നെയാണോ ഗുരുവന്റെ സംശയമാണ് ഭയമുള്ളവർക്ക് എന്ത് കണ്ടാലങ്ങനെയാ തോന്ന തന്നെയാണോ ഹനുമാൻ ഒന്ന് പോയി അന്വേഷിക്കൂ ആരാൻ ഒന്നും മനസ്സിലാക്കൂ എന്ന് തന്നെയല്ല എന്തെങ്കിലും പ്രയോജനമുള്ളവരാണോ എന്നാണെങ്കിൽ എന്റെ സങ്കടം അറിയിച്ച് ഇതിനൊരു പരിഹാരം ജീവിക്കാൻ സാധ്യമാവൂയോ ഹനുമാൻ അതനുസരിച്ച് ഹനുമാൻ പോവുരീവനെ വഞ്ചിച്ചും കൊണ്ട് അവിടെ നടന്നു ഹനുമാൻ ആരോചിച്ചു ഞാൻ ഇങ്ങനെ പോയാരങ്ങനായിട്ട് എങ്ങനെയാ പോയാരാലല്ലോ ഏതായാലും അന്വേഷിക്കാൻ പോകുവല്ലേ വേഷം ഒന്നും മാറി പോകാൻ നല്ലതെന്ന് ഈ വേഷം വേണ്ട വേറെ ഒരു വേഷം ശരി കേട്ടോ ഒരു ഒരു സന്യാസിയുടെ വേഷം സ്വീകരിച്ചു സന്യാസിയാണല്ലോ എന്തിനു മര്യാദയ വേഷം എളുപ്പമുണ്ട് എന്ത് കൊള്ളരുതായ്മയ്ക്ക് പറ്റിയ വേഷം ഈ സന്യാസിയുടെ വേഷം നല്ലതിനോ അതെ സജ്ജനങ്ങൾക്കും ഇപ്പതാണ് സന്യാസിയുടെ വേഷം സ്വീകരിച്ചുകൊണ്ട് കുഴപ്പമുണ്ട് എന്നിട്ട് ആരാന്ന് അറിയണമല്ലോ അങ്ങനെ അനുഭവിച്ചു കൊണ്ട് അങ്ങനെ നടക്കുക പരമഹാരെന്ന് അങ്ങനെ പോകുമ്പോഴാണ് ഇവർ സഞ്ചരിച്ച മാർഗത്തിൽ കൂടെ ഇങ്ങനെ പോകും കാലടി ഇങ്ങനെ കണ്ടു കാലടി നോക്കിയപ്പോ കാലടി നോക്കിയാൽ ആളെ മനസ്സിലാക്കാന്നാണ് ആരുടെ യോഗ്യത മുഴുവൻ കാലടി കൊണ്ട് അറിയാൻ സാധ്യമാവും എന്നാണ് ഓ അന്നാരണോ ഹനുമാൻ അതിന്റെ ഗ്രഹിതമുണ്ട് സാധാരണ ആളുകൾ കാലടി നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ ഇനിയിപ്പോ യോഗ്യത നോക്കാൻ നാളെ അത് പറഞ്ഞ് കേട്ടിട്ട് ആളെ കാലടി കാലുമ നോക്കി നമ്മൾ കേട്ടൊന്നും കാര്യമില്ല അതിന്റെ ഗ്രഹിതമുള്ളവർക്കേ കാര്യമുള്ളൂ അങ്ങനെ ഇങ്ങനെ പതിഞ്ഞിട്ടില്ല ഉത്തമ പുരുഷന്മാർക്ക് ഇണ്ടാവണ ലക്ഷണങ്ങളാ കണ്ടത് ശംഖ ചക്രം കേതു തുടങ്ങിട്ട് ഓർമ്മ കാണുന്നത് വേഗം പരമാർത്ഥ അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് ആ കാലടി ഹലാമാണ് മണ്ണെടുത്ത് തൻ്റെ ശിരസിലങ്ങിട്ടു ശിരസിലിട്ട സമയത്തെങ്കിൽ എനിക്ക് സ്വർണ്ണകുണ്ടലുണ്ടായി എന്റെ ആദിത്യ അനുഗ്രഹ ആദിത്യം പറഞ്ഞിട്ടുണ്ട് വളരെ കാലം കഴിയുമ്പോൾ സൂര്യവംശരാജാവായ ശരസന്റെ പുത്രന്മാരായ രാമലക്ഷ്മണന്മാരിവിടെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവരെ കണ്ട എങ്ങനെ മനസ്സിലാവുക ചോദിച്ചപ്പോ അവരുടെ പാദരേണുക്കള് ശിരസ് ധരിച്ചാൽ സ്വർണ്ണകുണ്ടൽ ഉണ്ടാവും മനസ്സിലായി പിന്നെ ആളാണെന്ന് മനസ്സിലായപ്പോൾ ഹനുമാൻ എന്ന ഈ വേഷം ഇനി വേണ്ട അവരുടെ അടുക്കലേക്ക് ഈ കളവ് കാട്ടിക്കൊണ്ട് പോകാം കളവ് കാട്ടിക്കൊണ്ട് പോകണോണ്ട് അവർക്ക് പോയാൽ മതി എല്ലാവരുടെ അടുത്തും കളവ് കാട്ടിട്ട് കാര്യമില്ല വേണ്ടതെങ്കിലും വേണ്ടു ഇവരുടെ അടുക്കൽ സ്വതേ ഉള്ള വേഷം തന്നെ മതി നിശ്ചയിച്ചുകൊണ്ട് ആ വേഷം ഉപേക്ഷിച്ചും കൊണ്ട് ഹനുമാൻ്റെ വേഷമായിട്ട് സാധാരണ പോലെ എന്നായിട്ട് നേരെ അഥവാ എൻ്റെ സത്യം തരും ഭഗവാനെ വന്ദിച്ചു വന്ദിച്ചുകൊണ്ട് ഭഗവാനോട് ഞാൻ അറിയിച്ചു എന്താണെങ്കിൽ അല്ലേ സ്വാമി അടിയൻ ഹനുമാൻ കവി അടിയൻ ഒരു വാനരനാണ് ഹനുമാൻ എന്ന് പേരോട് കൂടിയിട്ടുള്ള ഒരു വാനരൻ ഏതാ മാരുതി മാരുതിയാണ് മരുത്തിന്റെ പുത്രനായിട്ടുള്ള ആള് വായുവിൻ്റെ പുത്രനായിട്ടുള്ള ആളാണ് ഹനുമാൻ എന്ന് നാമധേയത്തോട് കൂടിയിട്ടുള്ള ആളാണ് അടിയൻ ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞു തൻ്റെ പരമാർത്ഥം ആദ്യം ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ ശേഷം എന്നാൽ ഹനുമാൻ എന്തിനാപ്പോൾ വന്നേക്കുന്നത് എന്താ എൻ്റെ അടുത്തേക്ക് വരാനുള്ള കാരണം എന്താണെങ്കിൽ സ്വാമി ഇവിടെ കാര്യം അവിടത്തോടെ എന്ന് അറിയിക്കണം എന്ന് പറഞ്ഞതനുസരിച്ചാണ് അടിയം വന്നേക്കുന്നത് എന്താണ് കാര്യം എന്നാണെങ്കിൽ യുവരാജി യുവരാജാവ് ഇവിടെ സമീപത്തുങ്ങൾ അസിക്കുന്നു യുവരാജാവ് യുവരാജാവ് സമീപത്തുങ്ങൾ വസിക്കുന്നുണ്ട് എന്ത് പറയാനാ പറഞ്ഞു യുവരാജാവ് കൂടെ താമസിച്ചിട്ടുണ്ടെന്ന് യുവരാജ പറഞ്ഞ ആരെങ്കിലും കാണാൻ പോയത് എവിടെയെങ്കിലും ഒരു കിട്ടും യുവരാജാവ് എന്താ വെച്ചാൽ ഓ കാണേണ്ടത് ആര് രാജാവിനെ കാണാം അല്ലേ രാജാവ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് കാണാം എന്താ കാണാം എന്തെങ്കിലും കാര്യം നടക്കും യുവരാജാവിനെ ഒന്ന് കണ്ടിട്ട് എന്ത് കാര്യം നടക്കുക ഏഹ് ഒരു കാലത്തും ഇല്ല ഇന്നുമില്ല ഇന്നുമില്ല കാണേണ്ടത് പ്രധാനപ്പെട്ട ആളെ തന്നെ കാണണം ൂടെണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല അവരെ കൊണ്ടൊന്നുകൊണ്ട് കാര്യമില്ല എവിടെ എന്ത് കാര്യം നടക്കണ്ടെങ്കിലും ആരെ വേണം രാജാവിനെ കാണണം രാജാവ് എന്ന് പറഞ്ഞ ആളാ ഭരിക്കണ ആള് മറ്റൊക്കെ സഹായത്തിനുള്ള ആളാ ഈ ആള് പറഞ്ഞാൽ കേൾക്കണോരൊന്നും സ്ഥാനത്തിരുത്തിയിട്ട് ഓരോ സ്ഥാനത്തേക്ക് ആ സ്ഥാനത്തായി സ്ഥാനമൊക്കെ പറഞ്ഞേക്കണം പക്ഷേ കാര്യം ഒരാള് വിചാരിക്കുന്ന മൂലം നടക്കും അതാര് രാജാവ് അല്ലേ അങ്ങനെ യഥാർത്ഥ ഗ്രഹ് ഇവിടെ എന്താ പറഞ്ഞപ്പോ യുവരാജാവും ഇവിടെ താമസിക്കുന്നു താമസിച്ചോട്ടെ ചോദിച്ചു അപ്പോ എവിടെ എവിടെയാ യുവരാജാവും ഇവിടെ താമസിക്കണേ ഇവിടെ എല്ലെങ്കിലും താമസിക്കണുണ്ടോ ആരെങ്കിലും ചോദിക്കാറുണ്ടോ നല്ല നല്ല പണ്ടത്തെ കസു ചോദിക്കാറുണ്ടോ യുവരാജാവും താമസിക്കണ സ്ഥലം ആ സ്ഥലത്തിന് പ്രാധാന്യമില്ല പിന്നോ രാജാവിനെയാണ് സ്ഥലത്തിനെ പ്രാധാന്യമുള്ളൂ അങ്ങനല്ലേ എന്നാ അല്ലേ ോയിലെ യുവരാജാവ് ആരാത് യുവരാജാവ് സുഗ്രീവാഹ സുഗ്രീവൻ സുഗ്രീവൻ എന്ന് േ വനപ്രദേശല്ലേ അല്ലേ ഇങ്ങനെയുള്ള തെറ്റിലാണോ രാജാക്കന്മാരെ താമസിക്ക അല്ലെയോ യുവരാജാവായാലും യുവരാജാവ് താമസിക്കണേ എവിടെയാണ് രാജധാനിയുടെ അവിടെ തന്നെയല്ലേ ഉണ്ടാവുക ഇവിടെ എവിടെയാ താമസിക്കണേ ഇവിടെ അടുക്കെയാണോ താമസിക്കണേ ഇവിടെ എവിടെയാണ് മാലിമൂർ മാലയവദാങ്കരാണ് ഭൂരിഭാഗത്തിൽ പർവ്വതത്തിൻ്റെ മുകളിലാണ് രാജോ രാജാവ് രാജാവ് താമസിക്കുന്നത് പർവ്വതത്തിൻ്റെ മുകളിലാണ് താഴത്തെ ഞാൻ താമസിച്ചത് ഈ കുഞ്ഞിൻ്റെ മൊഴി പോയി താമസിക്കണോ രാജാവിന് താമസിക്കാനുള്ള കല കുഞ്ഞിൻ്റെ മുകളിൽ അതെയോ എത്ര സ്ഥലമുണ്ട് താഴത്ത് അതിന്റെ മോളി പർവ്വതത്തിന്റെ മുകളിൽ കയറി താമസിക്കേണ്ട വല്ല കാര്യമുണ്ടോ അല്ലയോ സാധാരണ ഒരു കുന്നല്ല വേദ ചെറിയൊരു കുന്നത്തെ മുകളിൽ വേറാം ഇത് അതല്ല മാലിവാദി മൂർധനി മാലയവാൻ പർവ്വതത്തിന്റെ മുകളിലാണ് അല്ലേ എന്തിനാ അവിടെ പോയി താമസിക്കുന്നത് എന്താ എന്നാണെങ്കിൽ സ്വാമി നിവൃത്തിയില്ലാത്തോണ്ടാണ് അല്ലാണ്ട് അവിടെ താമസിക്കാം മോഹിച്ചിട്ടല്ല നിവൃത്തിയില്ല എന്നത് എന്താണ് കാര്യം എന്താണ് കാര്യം എന്നാണെങ്കിൽ രാജ്യ നിർവഹ രാജ്യത്തെ നിന്ന് അടിച്ചു ഓടിച്ചേക്കാ അവിടെ നിന്നെ ഇവിടെ താമസിക്കാൻ വൃത്തിന്റെ അടിച്ചു ഓടിച്ചിട്ടാ ഇവിടെ കഴിഞ്ഞു വിടാൻ നിർത്തിയില്ലാ കോടാൻ പറഞ്ഞു എന്നിട്ടാണ് പോയത് അങ്ങനെ പറഞ്ഞാൽ പോണോ ോട് രാജാവിനെയൊക്കെ ഇവിടെ അടിച്ചോടിക്കാൻ സാധ്യത രാജാവിനുള്ള അധികാരം മഹാരാജാവിനുള്ള അധികാരം പോലെ അധികാരം യുവരാജാവിനുമില്ലേ ആ അധികാരമില്ലെങ്കിലും ഒരു അധികാരമില്ലേ ഇവിടുന്ന് കടന്നു പോവാൻ പറഞ്ഞാൽ പോകണോ ഏഹ് പൂവില്ല എന്ന് പറഞ്ഞുകൂടെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞൂടെ ഇനി ചിലപ്പോ ചെല കൊള്ളരുതായ സമയത്ത് കിടന്നു പോക പുറത്തേക്ക് എന്നൊക്കെ പറഞ്ഞോന്ന് വരും കിടക്ക പുറത്ത് അപ്പൊ പറയാം ഞാൻ പുറത്തേക്ക് കിടക്കില്ല എന്ന് പറഞ്ഞോണ്ട് ഏഹ് പുറത്തേക്ക് കിടത്താൻ അധികാരം ഉണ്ടാകെങ്കിലും എന്നാണെങ്കിൽ അങ്ങനെ പറയാൻ പോലും ധൈര്യം ഇല്ല നല്ലു ആരെങ്കിലും പറഞ്ഞോ ഞാൻ കിടക്കില്ല പുറത്തേക്ക് കടക്ക് പുറത്തേന്ന് പറഞ്ഞാ ഞാൻ കിടക്കില്ല ഒരാളും പറയില്ലേ എന്താ കാരണം രാജ്യ സമുദ്യെന്ന് പറഞ്ഞു പറഞ്ഞത് പറഞ്ഞേക്ക അധികാരമുള്ള ആളാ പറഞ്ഞത് ആരാ ബാലിനാ ഭാര്യ ഭാര്യയാണ് കടന്ന് പുറത്തേക്ക് പോവാൻ പറഞ്ഞത് ആര് നിജാഗ്രജേന തന്റെ ജേഷൻ അഗ്രജനായിട്ടുള്ള ആളാണ് ജേഷനാണ് മഹാരാജാവ് അദ്ദേഹം യുവരാജാവയുടെ സുഖീവനോട് കാഷ് പുറത്തേക്ക് കടന്നു പോവാൻ പോയില്ലേ അപ്പോൾ സാധ്യത എന്താ എങ്ങനെയുള്ള ആളാ ബാലി ഭുജോല്ലാസിളാണ് ഭുജഗർവം കൊണ്ട് ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ഇങ്ങനെ ബാഹുപരാക്രമം ഉണ്ടായിട്ട് ആരുടെ ലോകത്തില് ബാലിയെ പോലെ അതിപരാക്രമശാലി ആയിട്ടുള്ള ആളാണ് ഈ മൂന്ന് ലോകത്തെങ്കിലും ബാലിയെ എതിർക്കാനായിട്ട് ആരുമില്ല ഒരാളെ കൊണ്ട് സാധ്യല്ല എതിരായിട്ടൊരു അഭിപ്രായം പോലും പറയില്ല ബാല്യ പറഞ്ഞത് ആരും പറയില്ല ഇനി അതിനെ എതിർക്കാനായിട്ട് പുറപ്പെട്ടാൽ എന്താണ്ടാവുക ാഹുപരാക്രമം അതോടുകൂടി അവന്റെ കഥ കഴിയും അല്ലേ എതിർത്ത് എന്തെങ്കിലും ഒന്ന് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ കഴിഞ്ഞു അതോട് കഥ അല്ലാണ്ട് എല്ലാവരും അനുകൂലിച്ചുകൊണ്ടാ നിക്കണേന്ന് ചേരേണ്ട സിദ്ധി കൂടാതെ ഇരിക്കുന്നതോ ചേട്ടാ എന്നാ എപ്പോഴാ പ്രാണം പോകാൻ ഇഷ്ടമില്ല അപ്പൊ എന്ത് കഴിയും എന്ന് പറയാനാണ് അടിച്ചോടിക്കേണ്ടത് ഇത് തമ്മില് വളരെ വളരെ സ്വാമി വളരെ വളരെ ബഹുമാനത്തോട് കൂടിയിട്ടുള്ളവരാണ് രണ്ട് അങ്ങനെ കഴിഞ്ഞു കൂടണ സമയത്താണ് എന്തോ ഒരു അപ്രിയണ്ടായി അപ്രിയ ഉണ്ടായതെ ഭയമായിട്ട് വിരോധം വർധിച്ചു അന്യന്യോ യുദ്ധം ചെയ്തു ആ യുദ്ധത്തില് ഭാര്യയുടെ പ്രഹരം കൊണ്ട് സഹിക്കവയ്യാതെ കണ്ടായിട്ട് അവിടെ നോടി ഒരു ലിറ്റി സാധ്യല്ല എന്നിട്ട് ആ രാജ്യത്തൊക്കെ നോടിപ്പോന്ന് ിരിധനി സ്വാമി ഈ മല്യവാം പർവതത്തിന്റെ ഉപരിഭാഗത്തെങ്കിൽ വന്ന് വസിക്കുന്നു ബാല്യവാം പർവ്വതത്തിന്റെ മുകളിൽ വന്ന് കാര്യം ബാലിക്ക് വിരോധം അവിടെ വന്ന് കഥ കഴിച്ചില്ലേ പേടിച്ചു ഇവിടുന്ന് പോയിരുന്നു കൊണ്ട് കേട്ടില്ല എവിടെ പോയാലും ആരുടെ കഥ ലഭിക്കും ആരെങ്കിലും വിരോധിയായിട്ടുള്ള ആളാണെങ്കിൽ ഓ എങ്ങനെയെങ്കിലും ബാല്യ ഇവിടെ വന്ന് ദ്രോഹിക്കില്ലേ എന്നാണെങ്കിൽ ബാല്യ ദോഹിക്കില്ല എന്താ കാരണം ബാലിക്ക് ഇവിടെ പ്രവേശിക്കാൻ സാധ്യതയല്ല ഈ മാലയവാം പർവതത്തിനും എന്താ കാരണം മഹർഷിയുടെ ശാപം മതങ്ക മഹർഷിയുടെ ശാപ എന്താ അതിന് കാരണം എന്നാണെങ്കിൽ ദുന്ദുഭിയായിട്ട് യുദ്ധം ചെയ്യണ സമയത്തെങ്കില് ദുന്ദുഭിയെ ചെങ്ങല കൊണ്ട് ചുറ്റി വലിച്ചെറിഞ്ഞ സമയത്തെങ്കില് ദുന്ദുപലിയുടെ പുറപ്പെട്ടത് രക്തം മാലിവാൻ പ്രവർത്തനത്തിൽ വന്ന് പതിച്ചു ദൈവം താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പതിക്കുന്നത് രക്തം വന്ന് വീണപ്പോ ഗവടന്നാ നോക്കടാ മനസ്സിലായി ഭാര്യ ജീവിതതാണ് ആഹാ നിന്റെ പ്രവൃത്തിയാ ഇനി ഒരു കാര്യം നീ എപ്പോഴെങ്കിലും ഈ മാലയവാൻ പർവ്വതത്തെ സ്പരിശിച്ചാൽ ഇതിന്റെ തല പൊട്ടിത്തെ ശാപം കൊണ്ട് കടക്കാൻ സാധിച്ചല്ല അതുകൊണ്ടാണ് ഇത്രയും കാലം കഴിഞ്ഞുകൂടുന്നത് അങ്ങനെ സ്വാമി മല്യവാൻ പർവ്വതത്തിന്റെ ഉപരിഭാഗത്തിൽ പ്രവേശിക്കാൻ സാധ്യല്ല അങ്ങനെയുള്ള സ്ഥലത്ത് അവിടെ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ അവിടെ അധിവസിക്കുന്നു അങ്ങനെ അധിവസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സ്വാമി അവിടത്തെ ദൂരത്തിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചത് ദൂരത്തിൽ വരെ അങ്ങ് സജ്ജരിക്കണെ കണ്ടപ്പോ ആരാണ് എന്താണ് എന്നൊന്നും പൂർണമായിട്ട് മനസ്സിലായില്ല മഹാനായിട്ടുള്ള ആളാണ് അവിടെ നിന്ന് മനസ്സിലായി അതുകൊണ്ട് അങ്ങയെ കാണാനായിട്ട് കാണണം ആഗ്രഹമുണ്ട് അങ്ങയെ ഒന്നു കാണണം വേറെ ലോകത്തിങ്കിൽ ഇന്ന് ഒരാളെയും കാണാനും സുഗ്രീവൻ ആഗ്രഹമില്ല എന്താ കാരണം ആരെയും പ്രയോജനമില്ല ലോകത്തിൽ ഒരാൾ വിചാരിച്ചാലും അദ്ദേഹത്തിന്റെ സങ്കടത്തിന് നിവർത്തി ചെയ്യാനായിട്ട് സാധിക്കില്ല അങ്ങ അങ്ങയെ കണ്ടപ്പോ ആ ദുഃഖത്തിന് ഒരു പരിഹാരം ചെയ്യാനായിട്ട് സാധ്യമാകും എന്ന് അദ്ദേഹത്തിന് തോന്നി എന്നിട്ട് അദ്ദേഹത്തിന്റെ വാക്ക് സുഗ്രീവന്റെ വാക്ക് ആ വാക്കനുസരിച്ച് സ്വാമി അടിയൻ അങ്ങയുടെ സമീപത്തു വന്നേക്കുന്നു അതാണ് കാരണം ആ സുഗ്രീവൻ അടിയനോട് പറഞ്ഞു അദ്ദേഹത്തിനെ ഒന്ന് കണ്ടാ കൊള്ളാം എന്നുണ്ട് ഒന്ന് ഊട്ടിക്കൊണ്ടു വരൂ ദുഃഖത്തിന് ഒരു പരിഹാരം ഉണ്ടാവും തോന്നുന്നുണ്ട് ഒന്നുപോയി എന്തെങ്കിലും ഒന്ന് ചെയ്യൂമാൻ എന്ന് പറഞ്ഞു അതനുസരിച്ച് അങ്ങേരടുത്തേക്ക് വന്നേക്കണു അദ്ദേഹത്തിനൊന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട് സ്വാമിൻ കാണന്ന് ആഗ്രഹമുണ്ട് ആ ദുഃഖത്തിനൊരു പരിഹാരം ഉണ്ടാവണം എന്നാഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ട് അങ്ങയെ കണ്ടാൽ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ആ സുഗ്രീവന്റെ വാക്കനുസരിച്ച് അങ്ങനെ അങ്ങനെയുള്ള ഹനുമാൻ കവി ഹനുമാൻ പേരായിട്ടുള്ള ഒരു വനരാണ് എന്ന് ഹനുമാൻ ഭഗവാൻ ഓർമ്മ വാക്കുമല്ലെ ഹനുമാൻ്റെ വാക്ക് അത് പിന്നെ കേട്ടു ഭഗവാൻ കേട്ടാ കേട്ടപ്പോ ആ വാക്കിൻ്റെ ഒരു വിശേഷേ കേട്ട സമയത്തെങ്കിൽ അതിവിശേഷമായിട്ടുള്ള വാക്കാണ് പറയണത് ഹനുമാനെ കേട്ട ഭഗവാനെന്ന് അത്ഭുതം തോന്നിയാണ് വചനം ജൃഗാധുതിഹമജയ ലക്ഷ്മണനുധരോ രഘുപതിരക്ഷധ്വംസോയം വിധ്രുവാഹ്യതോ വനഭും പ്രാപിഹവേ മൃഗയത്തെ സാർ മയാ പ്രയസീ ഒരാള് പറഞ്ഞാൽ ആ വാക്ക് കേൾക്കുക അങ്ങനെയോ ഈ വാക്ക് ഏടാ ഇങ്ങനെയുള്ള വാക്ക് കേട്ടുന എന്താ ആ വാക്കിന്റെ വൈശിഷ്ട്യം ഭഗവാനെന്നത് ഹനുമാൻ അങ്ങനെ പറഞ്ഞ പോടങ്ങിയേ മുതൽക്ക് അവസാനം വരെ ഭഗവാൻ ശ്രദ്ധിച്ചു കേട്ടു എന്താച്ചാ പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഞാൻ ഹനുമാൻ എന്നുപേരായിട്ടുള്ള ഒരു വാനരനാണ് വാനരനാണ് പറയാൻ പോണത് എന്താ കാരണം അങ്ങെങ്ങനെയുള്ള ആളാ മഹാനായിട്ടുള്ള ആളാണ് അതിയോഗ്യൻ അതിപണ്ഡിതൻ അല്ലല്ലേ അവിടെ എത്ര ഒന്നും യോഗ്യതയില്ല ഞാനൊരു കുറഞ്ഞൊരു കുറഞ്ഞ ആന്റെ കാരണം ആ വിനയാണ് ആരെങ്കിലും അങ്ങനെ പറയൂ എല്ലാവരും പറയാൻ കുറപ്പെടണം എന്നാ ഞാൻ എല്ലാവരുടെ നിയമനാണ് എന്നല്ലേ അതല്ല ഒരു യോഗ്യത ഇല്ല സാധാരണ ഒരാളാണ് എന്നാ പറ തുടങ്ങണത് തന്നെ ആ വാക്ക് കേട്ടപ്പോൾ തന്നെ ഹനുമാൻ ഭഗവാൻ പിന്നെ എന്താ പറയുന്നത് പിന്നെ പറയണത് ഓരോന്നും കാര്യം മാത്രമായിട്ടുള്ളൂ ഒരു കാര്യം അധികമായിട്ടില്ല ഹനുമാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒന്നും അധികമാണ് അത്ര പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയില്ല എന്നാലോ പറയേണ്ടിടത്തോളം പറഞ്ഞിട്ടുണ്ട് അതാണ് വാക്കുകൾ വാക്കിൻ്റെ വിശേഷം ആവശ്യമുള്ളത് പറയാ ആവശ്യമില്ലാത്തത് പറയേണ്ടിയില്ല അല്ലേ വേണ്ടടത്തോളം മനസ്സിലാവാൻ പാകത്തിന് പറയാ പറയണതൊക്കെ പോ മനസ്സിലാവാണ്ട് പറഞ്ഞാലാ കേട്ടുന്നേരം പ്രസംഗിച്ചു എന്താ പ്രസംഗിച്ചത് ആവോ അങ്ങനെയാണ് അധികവും അതല്ല വ്യക്തതമായിട്ട് മനസ്സിലാവണം അല്ലേ അത് തന്നെ പറയരുത് കുറച്ചേ പറയാവൂ പറയുന്നത് വളരെ പ്രസക്തമാകും ആ വാക്കുകളാണ് കേട്ടോ ഭഗവാൻ ഇങ്ങനെ ഒരാൾക്ക് കാണില്ല എന്നാ ഭഗവാന് തോന്നിയത് അതാണ് ശ്രദ്ധ ഭഗവാൻ ആദ്യം അവധാനം വരെ ശ്രദ്ധിച്ചു കേട്ടു ആ ബാക്കി വായിച്ചുകൊണ്ട് അതിന്റെ ശേഷോ ഇത് ലക്ഷ്മണാ സുമതിയും ജഗാതാഹാ ലക്ഷ്മണൻ സുമതിയോട് ലക്ഷ്മണൻ ഹനുമാനോട് പറഞ്ഞു സുമതി അതിബുദ്ധിമാനായിട്ടുള്ള ആള് ആ ഹനുമാനോട് പറഞ്ഞു ലക്ഷ്മണോ പറഞ്ഞു ആഹാ ലക്ഷ്മണനാ പറയണ്ടേ അതെയോ ഭഗവാനാണ് കേട്ടത് മറുപടി പറയണതോ ലക്ഷ്മണൻ അങ്ങനല്ലേ എങ്ങനെ ഭഗവാനല്ലേ മറുപടി പറയണ്ട് ഭഗവാനോടല്ലേ പറഞ്ഞേക്കണത് ഹനുമാൻ വന്ന് പറഞ്ഞേക്കണത് ഹനുമാനോടാ അല്ലേ ഹനുമാൻ ഭഗവാൻ വേണ്ടി പറയാൻ അല്ലേ എവിടെ പറഞ്ഞു താരാ ലക്ഷ്മണനാ അങ്ങനെയുണ്ട് ചില രുദ്ധന്മാര് ഒരാളോട് പറഞ്ഞാലും അടുത്ത് നിൽക്കുന്ന ആള് കേ തന്നോടെല്ലാം ചോദിച്ച കേട്ടോ ഗീട് പറയട്ടെ ഇത് പറഞ്ഞ അയാളെ കൊണ്ട് പറയപ്പെട്ട വീടുകൾ പോവും ചിലയാളൊക്കെ അങ്ങനെയുണ്ട് പറയണം ആ കൂട്ടത്തിലൗ ലക്ഷ്മണൻ അല്ലേ അങ്ങനെയല്ലേ അല്ല ഇത് ഞാനാ പറയാ പറഞ്ഞു അങ്ങനെയല്ലേ അതല്ല ലക്ഷ്മണേഷങ്ങനെയാ രാജ്ഞയാ ലക്ഷ്മൺ രാമാജ്ഞ ഹേതു ആയിട്ടാണ് ഭഗവാന്റെ കല്പന കൊണ്ടാണ് അല്ലാണ്ട് ലക്ഷ്മണന് പറയാൻ മോഹൻഡായിട്ടല്ല ലക്ഷൻ തന്നെ പറഞ്ഞോട്ടെ തന്നെ ലക്ഷ്മണല്ലാണ്ട് എനിക്ക് പറയേണ്ട കാര്യമില്ല ലക്ഷ്മണോട് തന്നെ പറയണത് അല്ലേ പക്ഷേ ഇവിടെ പറയേണ്ടത് ഉർത്തിയിട്ടേണ്ടായി രാമാജ്ഞയാ ഭഗവാന്റെ കൽപ്പന എന്നതെങ്ങനെ എങ്ങനെയാ ഭഗവാൻ കല്പിച്ചത് ലക്ഷ്മണാ പറയൂട്ടോ എന്ന് പറഞ്ഞിട്ടല്ലേ അതിന്റെ രാമന്റെ വാക്കനുസരിച്ചിട്ടല്ല രാമ ആജ്ഞയാ ഭഗവാന്റെ കൽപ്പന കൊണ്ടെന്നുള്ളു അത് ഭംഗിയാ കൽപ്പന വാക്കുകൊണ്ട് മാത്രമല്ലല്ലോ ഉണ്ടാവുക പിന്നെ എങ്ങനെയാ വേണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭംഗിയല്ലല്ലോ ഹനുമാൻ കാര്യം പറയണത് ഭഗവാന്റെ നേരെ നോക്കിയാ പറയണത് കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മണാ പറഞ്ഞോളൂ എന്താ ചെറുക്കെന്താ പറഞ്ഞാല് വേറെ ആള് പറയണോ എനിക്ക് തോന്നില്ലേ ആ തോന്നാൻ അട വലസാധിക്കണ്ട എന്താ ചെയ്ത് വേഗം ഭഗവാൻ ലക്ഷ്മണൻ്റെ നേരെ നോക്കി ഒന്നിങ്ങനെ നോക്കി നോക്കിയപ്പോൾ ലക്ഷ്മണൻ്റെ കാര്യം മനസ്സിലായി ഇതാണ് ഇതിന് മറുപടി താനാണ് പറയേണ്ടത് അതല്ലാണ്ട് ജ്യേഷ്ഠനല്ല തോന്നി എന്താന്നല്ലേ ഈ പറയാൻ പോണ കാര്യം താനല്ല പ്രിയ നല്ലത് ലക്ഷ്മണനാണ് നല്ലത് അവനവം പറയണേക്കാൾ നന്നാവും ലക്ഷ്മണൻ പറഞ്ഞാൽ എന്നൊരു തോന്നല് ഭഗവാന് തോന്നി എന്നിട്ടാണ് ലക്ഷ്മണന്റെ നേരെ കൂട്ടിയത് എന്നിട്ട് ലക്ഷ്മണ ലക്ഷ്മണൻ ഹനുമാനോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് എന്നാണെങ്കിൽ ഹനുമാൻ എന്താ ഹനുമാൻ പറഞ്ഞ കാര്യം എന്താണുള്ളത് അല്ലേ കാര്യല്ലേ പറയാം എന്താണെങ്കിൽ അടിയന്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാമൻ രാമൻ എന്നാണ് നമുക്ക് അങ്ങനെയുള്ള കാട്ടിലേക്ക് വരുമ്പോ കാട്ടിലേക്ക് പോകും കാട്ടിലേക്ക് സഞ്ചാരം അതെ അങ്ങനെ ഉണ്ടാവും ചില അങ്ങനെയുണ്ട് നാട്ടിലിരുന്ന പ്രത്യേകം കാട്ടിലൊക്കെ ഒന്ന് പോയി വരണം എന്നൊരു മോഹം തോന്നും ഒരു സഞ്ചാരം സഞ്ചാരത്തിന് പല പേരും പറയാറുണ്ട് വിനോദസഞ്ചാരമെന്നോ വിനോദ ഇത്യാത്ര സഞ്ചാരം എന്തെങ്കിലും പറയാം അല്ലേ വെറുതെ ഇരിക്കാൻ ഇല്ലാത്തോണ്ട് പോകൂ അങ്ങനെ പറയാം അല്ലേ ആ കൂട്ടത്തില് ഒരു നാട്ടിലൊരു സഞ്ചാരം അങ്ങനെയല്ലേ അതല്ല പിന്നെയോ പിതൃവാക്യഭുവം പ്രാപ്താഹ അച്ഛന്റെ വാക്കനുസരിച്ച് അച്ഛന്റെ കല്പന അതാണ് അച്ഛന്റെ പ്രതിജ്ഞ സാധിക്കാനായിട്ട് പതിനാല് സമ്പത്സരം വനത്തിൽ പോയി താമസിക്കണം എന്ന് അച്ഛൻ പറഞ്ഞപ്പോ അതനുസരിച്ച് വന്നു അങ്ങനെ കാടുകൾ വനവാഹം ചെയ്തു കൊണ്ട് ഓരോരോ പ്രദേശങ്ങളിൽ ഓരോരോ കാടുകളിലൊക്കെ അങ്ങനെ കഴിച്ച് കൂടി കൊണ്ടിരുന്നു എങ്ങനെയുള്ള ആളാണ് അദ്ദേഹം ഹനുമാൻ ആളെ തണൊപ്പം തന്നെ മനസ്സിലായില്ലോ ഇങ്ങനെയുള്ള ആളാ സൂരാ സൂര്യനായിട്ടുള്ള ആളാണ് പരാക്രമശാലി ആയിട്ടുള്ള ആളാണ് എന്തിനും വൈഭവുണ്ട് അദ്ദേഹത്തിന് എന്ന് മാത്രല്ല ഇപ്പൊ തന്നെ അദ്ദേഹത്തിനെ കണ്ടറിയാം എന്താ സത്യധനുദ്ധ സത്യധനുർദ്ധരനാണ് ജയോടു കൂടിയിട്ടുള്ള സമസ്തനെ ധരിക്കുന്ന ആളാണ് ഞാന് കൂട്ടി കെട്ടിയാണ് കയ്യിൽ കൊണ്ടുപോകുന്നത് സാധാരണ ഞാൻ കൂട്ടി കെട്ടിയപ്പോഴാണ് ശരം പ്രയോഗിക്കാറാവുമ്പോഴാണ് അല്ല വില്ല് കയ്യിൽ വയ്ക്കും ആവശ്യാവുമ്പോ ഞാൻ കൂട്ടി കെട്ടും ഇങ്ങനെ അപ്പൊ ഇവിടെ അല്ല സജനു ഞാൻ കൂട്ടി കെട്ടിട്ട എന്തതിന് കാരണം അതിഘോരമായിട്ടുള്ള പ്രദേശമാണ് ഇവിടെ ദുഷ്ബുദ്ധികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം തന്നെയല്ല രാവണൻ സീതാദേവിയെ യക്ഷതി അപഹരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വരുന്നെങ്കിലും വെച്ചിട്ടുണ്ടോ നിശ്ചയമില്ലല്ലോ അങ്ങനെ ഉണ്ടെന്നറിഞ്ഞാൽ അപ്പായുസം പോയി വെയ്യ ഒരു നിമിഷം പോലും വൈകുന്നുള്ളത് കൊണ്ട് ശത്രു സംഹാരത്തിങ്കിലുള്ള ശ്രദ്ധ ഓ പിന്നെ ഞാനും കൂട്ടി കെട്ടി കയ്യിലെടുത്തിട്ടുണ്ട് സജ്ജനോദ്ധരോ രഘുപതി രഘുപതിയാണ് രഘുവംശത്തിന്റെ നാഥനായിട്ടുള്ള ആള് ഓഹ് അങ്ങനെയുള്ള രാമോയം അരിട്ടുള്ള ഇദ്ദേഹം കാട്ടിലങ്ങനെ കഴിഞ്ഞു കൂടുന്നു അങ്ങനെ കഴിഞ്ഞു കൂടിയിട്ടുണ്ട സമയത്തെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രിയതമാ ഏതോരുത്തരം ആരാൻ നല്ല മനസ്സില അപഹരിച്ചു കൊണ്ടുപോയി യക്ഷതയെ അപഹരിച്ചു കൊണ്ടുപോയി അങ്ങനെ അപഹരിച്ചു കൊണ്ടുപോവോ ആദ്യം എന്താ പറഞ്ഞത് ശൂരനാണ് എന്തിനും വൈഭവുള്ള ആളാണ് ഇന്ന് എന്നിട്ടൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ അപഹരിച്ചു കൊണ്ടുപോയി എന്നാണെങ്കിൽ കഴിവുള്ളവനാണ് മനുഷ്യരായിട്ടുള്ള ആളുകൾക്ക് മായ സ്വാധീനമല്ല രാക്ഷസന്മാർക്ക് സ്വാധീനാണ് അങ്ങനെയുള്ള ഏതോ ഒരു മായാവി കൊണ്ടുപോയിട്ടോ ആ രക്ഷതയെ അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രീതമേ അന്വേഷിച്ചു കൊണ്ട് സഞ്ചരിക്കാണ് സാർഥം മയാ അടിയനും അന്വേഷിച്ചു കൊണ്ട് സഞ്ചരിക്കുന്നു അല്ലേ ഹനോമാൻ ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് സഹായിച്ചുകൊണ്ട് ഇന്ന് മാത്രമല്ല വനപ്രദേശത്തിന് വന്ന മുതൽക്ക് തന്നെ സാർദ്ധമയാ അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ഞാനും ഉണ്ട് ഇങ്ങനെ അന്വേഷിച്ച് അഞ്ചുമായിട്ട് സഞ്ചരിച്ചുകൊണ്ടാണ് ഇവിടെ വന്നേക്കുന്നത് ഇവിടെ അന്വേഷിച്ചു കൊണ്ട് സഞ്ചരിക്കുക ഇവിടെ വല്ലത്തിലുണ്ടോ ആ സീതാദേവി ഇവിടെ ഉണ്ടോ രക്ഷൻ ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ ആരെങ്കിലും ഒരാൾ സഹായമായിട്ടില്ലല്ലോ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കണോ എന്ന് പരമാർത്ഥം ആ കാര്യം മാത്രം പറഞ്ഞു വിഷയങ്ങള് ഇങ്ങനെ ഹനുമാനോട് ലക്ഷ്മണൻ അത് കേട്ടപ്പോ ഹനുമാൻ സ്വാമിൻ അവിടത്തെ പരമാർത്ഥം ഏതാണ്ടോ ഒന്നും മനസ്സിലായി അതുകൊണ്ടൊരു കാര്യം അടിയങ് അവിടത്തോടെ അപേക്ഷിക്കുന്നു എന്താ അത് എന്നാണെങ്കിൽ നിദ്രാതിലക്ഷ്മിപതി ഭഗവൻ അങ് രഘുവംശത്തിന്റെ നാഥനാണല്ലോ സ്വമിൻ അവിടത്തോട് കൂടി അറിയാൻ ആർഹിക്കുന്നു എന്താണെങ്കിൽ അങ്ങയോടുകൂടിയുള്ള വാനരപതിയായിട്ടുള്ള അവിടത്തോടു കൂടി സഖ്യം ചെയ്യാനായിക്കൊണ്ട് മോഹൻണ്ട് ഇതിനാണ് അടിയനെ പറഞ്ഞത് അവിടത്തെ കുഴിക്കൊണ്ടുവന്ന് സഖ്യം ചെയ്യിക്കണേ സഖ്യം ചെയ്യിക്കണേ വളരെ വളരെ കാലമായിട്ട് ദുരിതമനുഭവിച്ചു കൊണ്ടു കഴിയുന്നു ആരും സഹായിക്കാനില്ല സ്ത്രീലോക്യത്തിൽ ഒരാൾ പോലും അടിയനെ സഹായിക്കാനായിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് കുട്ടിക്കൊണ്ടുവന്ന് ഏഹ് സഖ്യം ചെയ്യിക്കണേ അടിയന്റെ ദുഃഖത്തിനൊരു പരിഹാരം ചെയ്യാനായിട്ട് പ്രാപ്തരനാണെന്നുണ്ടെങ്കിൽ കുട്ടിക്കൊണ്ടു സഖ്യം ചെയ്യിക്കണേ എന്നാണ് അടിയനോട് പറയേണ്ടത് അവിടത്തോടു കൂടി സഖ്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു സഖ്യം ചെയ്യണം സഖ്യം ചെയ്യണം ആഗ്രഹം എത്ര കാല സഖ്യം പലരും പലരോടും സഖ്യം ചെയ്യുന്നുണ്ട് സഖ്യം ചെയ്യണേന്റെ കാര്യം എന്താ അവനവൻ്റെ കാര്യം നടക്കാൻ അല്ലേ കാര്യം കഴിഞ്ഞാലോ പിന്നെ സഖ്യം ചെയ്യുന്നു അല്ലേ ആരോടൊക്കെ സഖ്യം ചെയ്തിട്ടുണ്ട് പല പലരും സഖ്യം ഈ സഖ്യം തന്നെ നല്ല എന്താ കാരണം തനിക്ക് വിരോധാണെങ്കില് എന്നാ ഞാനില്ല കേട്ടോ വേറെ എന്താ നോക്കിക്കോളൂ അത്രയേ ഉള്ളൂ സഖ്യത്തിന്റെ കാര്യമേ അത്രയുള്ളു അത് അദ്ദേഹം സഖ്യത്തിന് വല്ല ഉറപ്പുണ്ടോ ഓ ഈ സുഗ്രീവന്റെ കാര്യം സാധിക്കുന്നതുവരെ സഖ്യമുണ്ട് കാര്യം കഴിഞ്ഞാലോ അങ്ങനല്ലേ അത്രയല്ലേ ഉള്ളൂ സഖ്യം സഖ്യം അല്ലേ എന്നാണെങ്കിൽ സ്വാമി ഈ സഖ്യം എത്ര കാലമാണ് എത്രയാണെങ്കിൽ എത്ര എത്ര കാലമാണോ ലക്ഷ്മിപതി ശേഷഭുജംഗ ഭയങ്കര നിദ്രയെ ചെയ്യണത് കാവൽ അത്രേ കാലം ലക്ഷ്മിപതി ലക്ഷ്മാഥനായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണൻ അദ്ദേഹം എവിടെയാ പരിവസിക്കണത് എവിടെയാ ശേഷഭുജംഗ ഭയ ശേഷഭുജനാകുന്ന ശരണം അനന്തനാകുന്ന ശയ്യ ആ ശയ്യമ്മ നിദ്രയെ ചെയ്യുന്നു യോഗ നിദ്രയെ ചെയ്യുന്നു എത്ര കാലമാണോ എന്താ അങ്ങനെ പറയാൻ കാരണം ലക്ഷ്മി ഭഗവത് ശ്രീനാരായണൻ ലക്ഷ്മി ഫലവല്ലഭനായിട്ടുള്ള ഭഗവാൻ അനന്തനാകുന്ന ശയ്യമ്മള് നിദ്രയെ ചെയ്യുന്നു എത്ര കാലമാണ് അത്രേ കാലം എന്ന് പറയാൻ കാരണം എന്താ സാധാരണ എല്ലാവരും നിര വലിയ ഉറങ്ങാറില്ലേ കിടന്ന അങ്ങോട്ട് ഉറങ്ങ അതിനെ കിടന്നാ മാത്രല്ല കിടന്നാ കിടക്കാണ്ടെന്ന് ഉറങ്ങണവരുമുണ്ട് ഉള്ള കിടന്നിട്ട് ഓർക്കണം എന്നു അങ്ങടൊക്കെ നോക്കിയറിയാം ഇരുന്ന് ഉറങ്ങണേ കാണാം ആരൊക്കെയാ ഉറങ്ങണേന്ന് വെച്ചില്ല ചില അങ്ങനെ ഇണ്ട ഇരിക്കും വലുതോട്ട് ഉറങ്ങാം നിന്നുറങ്ങി തുടങ്ങിട്ടുണ്ടോ എന്ന് വെച്ചില്ല ഏതായാലും കേട കിടക്കാൻ അതൊക്കെ സാധാരണ അല്ലേ ഈ ഭഗവാൻ ശ്രീനാരായണനായന്താ സാധാരണ ആളായ എന്താ എല്ലാവരും ഉറങ്ങണില്ലേ എന്നാണെങ്കിൽ അത് മാറ്റേണ്ടത് എല്ലാവരും ഓർങ്ങണ പോലെ അല്ല ഭഗവാൻ ഭഗവാന്റെ ഓർക്കത്തിന് ഉണ്ട് എന്താ കാരണം ആ അനന്തനാകുന്ന ശയ്യയമ്മര് ലക്ഷ്മി സമേതനായിട്ട് കിടന്നതിന് ശേഷം പിന്നെ അവനെ ഓ അവിടെന്നെ കിടക്കുക അനക്കല്ല എന്താ അതിനാണ് യോഗനിദ്ര എന്ന് പറയണത് ഉറങ്ങിക്കൊണ്ടേയിരിക്ക എന്താ കാരണം ഈ കിടക്കുമ്പോ ആ കിടക്കണത് നന്നാവണം ശയ്യേ നന്നാവണം എന്നാലേ ഉറക്കം സുഖാവുള്ളൂ അങ്ങനെയല്ലേ പറയാ അല്ലാത്ത അല്ല പറഞ്ഞത് എങ്ങനെ ശയ്യ നന്നായ അല്ലെങ്കിൽ നല്ല ശയ്യയാണ് കുറച്ചേരം കിടന്നാൽ എന്താണ്ടാവുക കുറേ നേരം കുറേ നേരം വല്ലാണ്ടെ ഇങ്ങനെ കിടന്നാൽ സമ്പ്രദായമൊക്കെ മാറും ഇല്ലേ കിടക്കാൻ പയ്യാണ്ടാവും നല്ല ശെയ്യാ വിശേഷപ്പെട്ട അതിമനോഹരായിട്ട് ശെയ്യയുടെ ഗുണങ്ങളെ അനുഭവിക്കുന്നില്ലേ അതിൽ എങ്ങനെ എത്ര വിശേഷപ്പെട്ട ശെയ്യേലും വരില്ല അതൊന്നും ഇങ്ങോട്ട് കിടന്നാൽ കുറച്ച് കഴിയുമ്പോ ഓ ഒന്ന് എണീക്കുക വേദനവിടെ ആ ഭാഗം അങ്ങോട്ട് ചുറ്റട്ടേ വല്ലാണ്ടാവില്ല ഇല്ലേ എത്ര മനോഹരായിക്കോട്ടെ അവിടെ തന്നെ എണീക്കും കൊറേ കഴിയുമ്പോ ഉണരും എണീക്കും ഇല്ലേ ദേഹം അവിടെ നിന്ന് എണീറ്റാനങ്ങ ആ കിടന്ന് അതേപോലെ കിടപ്പുലെ മാറ്റം വന്നറില്ലേ പോ എങ്ങനെ കിടക്കുന്നു അതേപോലെ ആ പുറം തിരിച്ചു തന്നെ കിടക്കണം ഒന്ന് നിങ്ങളുടെ പറഞ്ഞു കിടന്നല്ലേ അനുചരിച്ചെന്താ നോക്കിയിട്ടുണ്ടോ അതേപോലെ അവിടെ കിടക്കുക എന്താ കാരണം ഗുണ ഇതാണ് ശേഷഭുജോ ശേഷഭുജങ്കൻ അനന്തനാകുന്ന ഹയ്യ എന്ന് പറയാനുള്ള കാരണം എന്താണല്ലേ ആ ഈ അനന്തനാകുന്ന അനന്തന ആഹാരായിട്ട് എന്താ സർപ്പങ്ങൾക്ക് ആഹാരം എന്താ വായുവാ വായുവാണ് ആഹാരമായിട്ടുള്ളത് അല്ലേ പ്രധാനമായിട്ടും മറ്റു ആഹാരങ്ങളിൻ്റെ അല്ല വായുവിനെ ഭക്ഷിക്കണവരാന്നാ പറയാ ഇവിടെ ഏതാ ഭഗവാനങ്ങൾ ഉറങ്ങി തുടങ്ങുമ്പോൾ ആ ഭഗവാന്റെ ഉള്ളിൽ നിന്ന് വരണ ശ്വാസം നല്ല ശ്വാസമാണ് നല്ല സുഗന്ധമാണ് വരുന്നത് നല്ല സുഗന്ധം വരണമെങ്കിൽ എങ്ങനെ വേണം മൊത്തം പുരുഷന്മാർക്കേ വരുകയുള്ളൂ വേറെ ചിലരുടെ ഉള്ളീന്ന് വരണ ഗന്ധം അങ്ങനെയൊന്നും ആവില്ല ആ പന്ത്രണ്ടാത്തതും വരും അങ്ങനല്ലേ ഇതല്ല ഉത്തമ വിഷയനാണോ ഉള്ളീന്ന് വരണ ഗന്ധം സുഗന്ധ വളരെ വിശേഷപ്പെട്ട ഗന്ധ ഈ അനന്തൻ ഈ വായു പുറത്തേക്ക് വന്നു തുടങ്ങിയപ്പോ സുഖമായിട്ടുള്ള വായുവേ വരണത് ഇത്രയും നല്ല വായുവിനെ വേറെ കിട്ടിണ്ടാവില്ലെന്ന് വെച്ചാൽ അത് ഭക്ഷിച്ചു തുടങ്ങി ഭക്ഷിക്കും ആ ശല്യ കുറച്ചും നന്നായി ഈ വായു ഉള്ളി ചെന്നാൽ ആ ശയ്യ നന്നാ പോലോ അല്ലേ ശല്യം നന്നായിപ്പോ ഓർക്ക സുഖായി ഉറക്ക സുഖായപ്പോൾ പിന്നെ വരണോ വായു അതിന് വിശേഷപ്പെട്ടതാണ് കുറച്ചും ആ അനന്ത അത് ഭക്ഷിച്ചു തുടങ്ങി അത് പഠിച്ചു തുടങ്ങിയപ്പോഴോ ഇങ്ങനെ ഈ ഭഗവാന്റെ ശ്വാസം ഭക്ഷിക്കുക അനന്ത അനന്തൻ്റെ ശരീരം ചേർത്തു വരിക തുടങ്ങിയിട്ട് അങ്ങനെ അതാണ് അനങ്ങാണ്ട കിടക്കണത് ഒരു മാറ്റം ഇല്ലാതെ അതാണ് യോഗനിദ്രിയേ ചേക്കണോ എത്രയും കാലമാണോ ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ഭഗവാൻ അനന്തനാകുന്ന സഖ്യനിദ്ര അങ്ങയോടുകൂടി സഖ്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ആയിക്കോട്ടെ ഇത്രയും കാലമായിട്ട് ഓർക്കത്തിന് മാറ്റം വന്നതല്ല യോഗനിദ്രനാ ചെയ്യണത് അല്ലേ മാറ്റം വരില്ല ഇത്രാല നാളെയോ മാറ്റം വന്നാലോ ഇതുപോലെ എല്ലാണ്ടായാൽ അദ്ദേഹത്തിന്റെ ഉറക്കത്തിന് ഭംഗം വരും ഉറക്കം ഭംഗം വന്നാൽ അതോടുകൂടി അങ്ങനെയല്ലേ അങ്ങനെ വെക്കണ്ട പിന്നെയോ ഗീപ ീപല്ലഭനായിട്ടുള്ള ഭഗവാൻ ശ്രീപരമേശ്വരൻ അദ്ദേഹം എത്ര കാലമാണോ പർവത സർവഭൗമിഖരെ പർവ്വത സർവഭൗ കൈലാസപർവതം കൈലാസപർവ്വതത്തിന്റെ ഉപരിഭാഗത്തിൽ ഭഗവാൻ ശ്രീപരമേശ്വരൻ അനുവദിക്കണോ അത്രയും കാലം കൈലാസത്തിൽ ഭഗവാൻ അനുവദിക്കുന്നോളം കാലം ഭഗവാൻ കൈലാസോർവതത്തിലുണ്ടോ ഒഴിവുണ്ടെന്നാ പറയണുള്ളൂ കൈലാസത്തിനുണ്ട് ഉണ്ട് ഓർപ്പിക്കാം എന്താ കാരണം കൈലാസത്തിൽ ആരും പോയിട്ടില്ല ചില ആള് കൈലാസത്തിൽ പോയി എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അവിടേക്കൊന്നും പോയിട്ടില്ല എവിടെയോ സമീപത്തൊക്കെ നടന്നു എന്നാണ് പറയണത് അല്ലാണ്ട് കൈലാസത്തിന്റെ മുകളിൽ കയറി ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ ഒരാൾ നോക്കിയിട്ട് അവിടെ ഉണ്ട് അങ്ങോട്ട് കിടക്കാൻ സാധാരണ ആളുകൾക്കൊന്നും പോകാൻ പറ്റാത്ത സ്ഥലമാണ് അതെ അതാണ് ശ്രീകൈലാസപുർവ്വതം എന്ന് പറയാൻ കാരണം കൈലാസം പേരായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി വന്നാലൊന്നും പ്രയോജനമില്ല കൈലാസത്തിൽ തന്നെ പോകണം പോവണമെങ്കിൽ എന്ത് വേണം അനവധി കാലത്തെ കുണ്യുണ്ടാവണം അതല്ലാതെ കൊണ്ട് സദ്യാവില്ല ഭഗവാൻ അവിടെ അധിവസിക്കുന്നിടത്തോളം കാലം സാക്ഷമന് സ്വാമി അങ്ങയുടെ സാക്ഷ്യത്തെ ആഗ്രഹിക്കുന്നു ഭഗവാൻ ശ്രീ പരമേശ്വരൻ അവിടെ അധിവസിക്കുന്നോളങ്കാരം ആര് ഗൗരീപതി പാർവതീവല്ല ശ്രീപാർവതിന്റെ ഭൂതഗണങ്ങള് എല്ലാവരും കൂടിട്ട് അല്ലേ ഗണപതി തുടങ്ങിയിട്ടുള്ള പുത്രന്മാര് എല്ലാവരോടും കൂടി ഭഗവാൻ അവിടെ എപ്പോഴും സുഖമായിട്ട് അധ്വദിക്കുന്നു അധിവസിക്കുന്നോളങ്കാരം ഭഗവാൻ അവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കണമോ ഇതൊക്കെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു പറയാൻ പറ്റുള്ളൂ അല്ലേ ക്ഷീനാരായണൻ അനന്തനാകും അനന്തനാവുന്ന ശൈയ രചിക്കുന്നു ഭഗവാൻ ശ്രീ പരമേശ്വരൻ ശ്രീ കൈലാസപർവസ്വദിക്കുന്നു അല്ലേ ഇത് അനുഭവം ഉണ്ടോ അനുഭവുള്ളത് മാത്രം വിശ്വസിക്കണ കാല അനുഭവമില്ലാത്തതാരും വിശ്വസിക്കില്ല ഇങ്ങനല്ലേ കണ്ടോരോ കേട്ടോരോ ഒന്നും ഇല്ലപ്പോ നിങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞു എന്നാണെങ്കിൽ അനുഭവായിട്ടുള്ളത് എന്താ അതെന്നാണെങ്കിൽ ായിട്ടുള്ള അതായത് ആദിത്യൻ ആദിത്യൻ നിവിഷ ആകാശവാധ്യത്തിൽ കൂടി സഞ്ചരിക്കുന്നിടത്തോളം ആദിത്യൻ ആകാശത്തു കൂടെ സഞ്ചരിക്കുന്നിടത്തോളം കാലം അല്ലേ പുതിക്കുകയും അസ്തമിക്കുകയും പുതിക്കുകയും അസ്തമി അല്ലേടത്തോളം കാലം എന്താ കാരണം അത് ഉണ്ടെന്ന് വിശ്വാസാണല്ലോ ഒരിക്കലും അസ്തമിക്കലും ഉണ്ടോന്നുള്ളത് എല്ലാവർക്കും അനുഭവമാണ് അല്ലേ ഇനി അത് അനുഭവപ്പെടുത്തുന്നു വേണ്ട എല്ലാവർക്കും അറിയാമെന്ന് ആദിത്യൻ ഉച്ചപ്പറിയാണില്ല ഏതു കാലത്തല്ലെങ്കിലും ഇപ്പറിയും ഒരു വിധമുള്ള ഇല്ലേ ആദിത്യൻ ഉദിക്കണത് അറിയും ആ അസ്തമിക്കുന്ന എല്ലാവരും അറിയണതാണ് അപ്പോ യൽ തിരി ആകാശമാർഗത്തെക്കുറിച്ച് ആദിത്യൻ അസരിക്കുന്നിടത്തോളം കാലം ഞാൻ ആ ഹൃദയാസ്തമം ഉള്ളിടത്തോളം കാലം ലോകം ഉള്ളിടത്തോളം കാലം എന്നാ പറയാൻ നിർത്തിയുള്ളൂ എന്താ കാരണം എന്താ ആദിത്യൻ ഉള്ളിടത്തോളം കാലം ഇല്ലാണ്ടാവിയാൽ അതോടുകൂടി ലോകം ഇല്ലാണ്ടാവും സംശയമില്ല അത്രയും കാലം സ്വാമി അങ്ങയോടുകൂടി സഖ്യം ചെയ്താൽ കൊള്ളാം മോഹണ്ട് എന്നും ഏത് കാലത്തും െന്നും അവയോ അമ്മയോട് കൂടിയുടെ സൗഖ്യം സ്വാമി സുഗ്രീവൻ ആഗ്രഹിക്കുന്നു ഇനി ഹനുമാൻ സഖ്യം ചെയ്ത കൊള്ളാമെന്ന് സുഗ്രീവന് മോഹം അല്ലേ പക്ഷേ സുഗ്രീവൻ ഇപ്പൊ എവിടെയാ പർവ്വതത്തിന്റെ മുകളിലായിരിക്കണേ അല്ലേ ഇപ്പൊ നമ്മളോ താഴ്വരയില് എന്റെ മോനയ്ക്ക് പോകണ്ടേ ആവശ്യക്കാരെങ്ങടല്ലേ വല്ല അതെയോ അല്ലേ അല്ലാതെ കണ്ട അങ്ങടാ പോവാട് വരണ്ടേ ആദിത്യദേഹ് സുഗ്രീവ അങ്ങോട്ട് വരണ്ടേ വന്നാലല്ലേ സാക്ഷ്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ സ്വാമി അവിടത്തോടെ അറിയിച്ചുല്ലോ ഭാര്യയായി ഭയപ്പെട്ടിട്ട് ആ പർവ്വതത്തിൽ നിന്ന് ചലിക്കാൻ പോലും ധൈര്യമില്ല പിന്നെ എങ്ങനെയാ ിൽ മിമ ധി അന്വേഷ്യം നഷേധോ മാതൃശാ ഈശ്വരേഷ ായിട്ടുള്ള ഈ പർവ്വതത്തിന്റെ ഉപരിഭാഗത്തിൻ കലയ്ക്ക് കയറാനായിക്കൊണ്ട് സാധ്യമാകും ഇനിമിം അധിരോഢം സഖ്യം ഇതിന്റെ ഉപരിഭാഗത്തിൽ കയറാം ഹനുമാൻ എങ്ങനെ കേറും ഭഗവത് തൊഴിൽ ഓരോന്നൂറ് എളുപ്പമാണ് എങ്ങനെയാ കേറുക എന്നാണെങ്കിൽ ചെയ്തോളൂ ഈ രാസനെ വാഹനമാക്കി ചെയ്യാൻ വാഹനം വേണം എന്നല്ലു പിന്നെ മോളിക്കാണ് കേറാ അല്ലേ അങ്ങനെ പ്രയത്നിക്കണ്ടേ വാഹിനീ കൃത്യ അടിയൻ അവിടത്തെ ഈ പർവ്വതത്തിന്റെ ഉപരിഭാഗത്തെങ്കിലും കൊണ്ടുപോകാം അടിയം കൊണ്ടുപോവാം അടിയം വാഹനമായിട്ട് കൊണ്ടുപോവാം ഹനുമാൻ ഹനുമാൻ എടുത്തു കൊണ്ടുപോവേ അതൊരു കഷ്ടല്ലേ ഒരാൾ ഒരാളിങ്ങനെ ചുമന്നു കൊണ്ടുപോവാനുള്ളത് അത് ഭംഗിയായിട്ടുള്ളതാണോ ഭംഗിയായിട്ടാണെങ്കിൽ അടിയ ഒരു മോഹണ്ട് അടിയനെ നിർബന്ധിച്ചിട്ടല്ല അടിയന് മോഹണ്ട് കൃപാ തേ അങ്ങക്ക് കൃപ ഭവിക്കുന്നു എങ്കില് അങ്ങക്ക് ദയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയ ഉണ്ട് എന്ന് ഉറപ്പാണ് അടിയന് അടിയനെ അറിയാം ഓ എങ്കിലും അടിയൻ ആദ്യം ആവർത്തിക്കുന്നു യതി ഭവതി കൃപാദേ ദയണ്ടതും അതുകൊണ്ട് അങ്ങ് ൃത്യദാസം വാഹനമാക്കി തീർക്കൂ ഒരു പ്രയത്നവും ചെയ്ത പർവ്വതത്തിന്റെ ഉപരിഭാഗത്തെങ്കിലും ആയിട്ട് സദ്യ ക്ലേശവും അടിയനെ പോലെയുള്ള ആളുകൾക്ക് പർവ്വതത്തിന്റെ മൂളീകരണം വല്ല പ്രയാസമുണ്ടോ എന്താ കാരണം അങ്ങനെയാണ് അടിയനുകൾ കുട്ടിയിൽ എന്ന പർവ്വതത്തിന്റെ മൂളീകരണം ഒരാ ജനിച്ച നിർക്ക് അങ്ങനെയാണ് ഈ ഒരു പ്രായം കഴിഞ്ഞിട്ട് പുറപ്പെടുമ്പോഴാണ് ചിലതിന് വിഷമം ഉണ്ടാവുക ഇത് അങ്ങനെയല്ല എന്താ കാരണം അടിയൻ അങ്ങനെയാണ് പർവ്വതത്തിന്റെ മുകളിലോ വൃക്ഷങ്ങളുടെ മുകളിലോ ഒക്കെ കയറുന്ന ആളുകളാണ് അതുകൊണ്ട് അവിടത്തെ എടുത്തു കൊണ്ടുപോവുക എന്നുള്ളതിന് ഊരു പ്രയാസവും തോന്നുന്നില്ല ഇന്ന് തന്നെയല്ല തോന്നുന്നത് അവിടത്തെ എടുത്തു കൊണ്ടുപോവുക അതുകൊണ്ട് അടിയെങ്കില് കൃപ ഉണ്ടാവണേ ഇത്ര മാത്രാണ് പറയാനുള്ളത് അവിടുന്ന് വാഹനമാക്കി ചെയ്യാം സംശയിക്കേണ്ടെന്ന കാരണം ആണ് അവിടുത്തെ ദാസനായിട്ടുള്ള ആളാണ് ഇവരൊന്നും നിന്ദിക്കുന്നില്ല ദാസൻ ദാസൻ എന്ന് പറഞ്ഞ എന്ത് പ്രവൃത്തിയും ചെയ്യാൻ സന്നദ്ധനായിട്ടുള്ള ആൾ ഒന്നും ചിന്തിക്കാതെ കണ്ട് യാതൊരു തരത്തിലുള്ള ചിന്തയും കൂടാതെ കണ്ട് പ്രവർത്തിക്കുന്ന ആളെയാണ് ദാസൻ എന്ന് പറയാളാണ് അവിടുത്തെ അടിയൻ എടുത്തുകൊണ്ടുപോയി ആ പർവ്വതത്തിന്റെ ഉപരിഭാഗത്തെങ്കില് സ്വാമി സുഗ്രീവിന്റെ സമീപത്തെങ്കിലേക്ക് ചെയ്യാം ഇത്ര മാത്രമാണ് അടീ പറയാനുള്ളത് ഇനി ഇവിടെ നമ്മുടെ ഉള്ള കാര്യമുണ്ടല്ലോ എന്താ ദിനകരഹുതം അന്യസമസ്തം അന്യത്തായി പോയി ഇനി അവിടെ നമ്മുടെ ഉള്ള കാര്യങ്ങൾ അന്യം സമസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താ അത് ദിനകരഹുത ഭാഗ്യാധീനം ദിന ഭാഗ്യം അനുസരിച്ചാണ് ദിനകരസുതൻ ആദിത്യപുത്രനായിട്ടുള്ള സ്വാമി സുഗ്രീവൻ അദ്ദേഹത്തിന്റെ ഭാഗ്യം പോലെ ഭാഗ്യം എങ്ങനെയാതാണ് ചില ഓരോരുത്തർക്ക് ഭാഗ്യത്തിനനുസരിച്ചാണ് ഫലം അനുഭവിക്കാൻ സാധ്യത പറ്റുതൊക്കെ പ്രയത്നം അടിയന് പ്രയത്നിക്കാനുള്ളതൊക്കെ പ്രയത്നിച്ചു അവിടുത്തെ വന്നു കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു ീവന് അനുഭവിക്കാൻ യോഗ്യം ഉണ്ടെങ്കിൽ അതാണ് അന്യം മറ്റുള്ളതൊക്കെ തന്നെ അന്യം സമത്വം ഒക്കെ തന്നെ സമസ്തം എല്ലാം തന്നെ സുഗ്രീവന്റെ ഭാഗ്യം ഭാഗ്യം ഉണ്ടെങ്കിൽ എന്ന് പറയാൻ നോക്കിയുള്ളൂ ഇന്ന് തന്നെയല്ല അടിയനാര നിസ്സാരനായിട്ടുള്ള കാര്യം പറയ വേണ്ടതുപോലെ പറയാനായിട്ടേ സാധ്യവുള്ളൂ അതല്ലാതെ കണ്ട് അങ്ങയെ പോലെയുള്ള ആൾ അടുക്കൽ ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് പറയാനുള്ള അധികാരമുണ്ടോ പിന്നെ നിഷേധവും മാതൃശാമീശ്വരേഷൂ മാതൃക്കുകള് എന്നെ പോലുള്ള ആളുകള് നിസ്സാരന്മാര് ദാസന്മാരായിട്ടുള്ള ആളുകള് അങ്ങനെയുള്ള ആളുകൾക്ക് വിധി നിഷേ വിധി നിഷേധം വിധിയും നിഷേധവും വിധി ഇന്ന തരത്തില് ചെയ്യണം എന്ന് പറയണതാണ് നിധി നിഷേധം ചെയ്യരുത് എന്ന് പറയുന്നത് ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യണം ഇല്ലേ എന്ന് പറയാനായിട്ട് എങ്ങനെ അധികാരം ഉണ്ടാവും ഇത് അങ്ങയെ പോലെയുള്ള ആളുകൾ മഹാന്മാരായിട്ടുള്ള ആളുകൾ ഒന്നും പറയാനുള്ള അധികാരം ഈ കാര്യങ്ങളൊക്കെ അവിടത്തോടെ അറിയിക്ക എന്താ നിശ്ചയിക്കണേ അതുപോലെ നിഷേധിക്കാനുള്ളതായിട്ടുള്ള അധികാരം അടിയൻ സ്വാമി മാത്രാണ് പറയാനുള്ളത് അവിടത്തെ ആ പർവ്വതത്തിന്റെ ഉപരിഭാഗത്തിൻകലയ്ക്ക് അടിയൻ നയിച്ചോടാം അവയോ അങ്ങയോട് സഖ്യം ചെയ്യണം എന്ന് വളരെ വളരെ ആഗ്രഹമുണ്ട് ഇതറിയിക്കാനാണ് ഞങ്ങൾ കേട്ടപ്പോ വാക്കുകളെ ഞങ്ങൾ കേട്ട സമയത്തെങ്കിൽ കഥയൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അദ്ദേഹം ഇപ്രകാരം ഭുവനായിട്ടുള്ള പവനാത്മജൻ ായിട്ടുള്ള ഹനുമാൻ ഹനുമാന്റെ വാക്ക് പറയുന്നു ഇത്രയും കേട്ടപ്പോ തോന്നി ഭഗവാൻ തോന്നിച്ചേ ഇപ്പോഴും അതിമനോഹരായിട്ടാണ് പറഞ്ഞേക്കണത് വളരെ വിശേഷമായിട്ട് ആ വാക്കിൻ്റെ ഒരു ശുദ്ധി വാക്കിൻ്റെ ഒരു മനോഹാരിത കേട്ടപ്പോ സമയത്തെന്തെങ്കിൽ തോന്നി തൻ്റെ കഥ ഒന്നുകൂടി ഭംഗിയായിട്ട് പറയണം നിജന്ത സർവം കഥയൻ ഉദന്തം തൻ്റെ ഉദന്ത കഥ അത് കഥയൻ ഒന്നുകൂടി ഭഗവാൻ പറഞ്ഞു നിജന്ത സർവം സർവം മുഴുവൻ പറഞ്ഞു ഭംഗിയായിട്ട് പറഞ്ഞു തോന്നുന്നു ആദ്യം തോക്കി ലക്ഷ്മണൻ പറഞ്ഞത് എന്താ ലഘുവായിട്ടാ പറഞ്ഞത് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ട് അതല്ല ഭംഗിയായിട്ട് പറയണം എന്താ കാരണം ആ ഹനുമാന്റെ വാക്കു കേട്ടപ്പോൾ ഞാനും സുദ്രീപനോട് സഖ്യം ചെയ്യണം എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെയാണ് വർദ്ധിക്കണത് എന്താച്ചാൽ സീതാദേവി സീതയെ രാവണനാണ് അപഹരിച്ചു കൊണ്ടുപോയത് എന്നറിഞ്ഞപ്പോ ഇനി എന്താ മതം എങ്ങനെ സീതയെ അവ സമ്പാദിക്കേണ്ടത് ആരാ സഹായം ഉണ്ടാവുക ഏകനായിട്ട് പോയിട്ട് ആ രാക്ഷചക്രവർത്തി അവനെ ജയിച്ച എന്നുള്ളത് പല പ്രയാസമുണ്ട് ആടെ എന്തു വേണം എന്ന് ആലോചിച്ചും കൊണ്ട് ആ ധനു എന്നുള്ള ഗന്ധർവൻ പറയുണ്ടായത് സുഗ്രീവനോടുകൂടി സഖ്യം ചെയ്തു എന്ന് പറയുന്നത് അങ്ങനെ സുഗ്രീവനോട് സഖ്യം ചെയ്യണം ആഗ്രഹം മനസ്സിലുണ്ട് ഇതാണ് ഇങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം എന്നിട്ട് ആദിത്യന്റെ പുത്രനായിട്ടുള്ള സുഖീവൻ ആ സുഖീവനെ മിത്രപദേ ബന്ധു അതിന് പോ അതുകൊണ്ട് ഹനുമാൻ സുഗ്രീവൻ ആഗ്രഹിക്കുന്നത് എന്തോ അതേപോലെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പറഞ്ഞതിന്റെ ശേഷം ലക്ഷ്മണന്റെ നേരെ ഭഗവാൻ ലക്ഷ്മണനെ നേരെ നോക്കിയതിന്റെ ക എന്താണ് അത് ലക്ഷ്മണനെ മനസ്സിലാവും മറ്റാർക്കും മനസ്സിലാവില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ലക്ഷ്മണന്റെ നേരെ നോക്കിയത് എന്താണല്ലേ ലക്ഷ്മണൻ പറഞ്ഞു ലക്ഷ്മണന്റെ എന്താണ് അഭിപ്രായം അല്ലെ അഭിപ്രായം പറഞ്ഞത് ഈ ഗ്രന്ഥാർവരൻ ധനു എന്ന പേരായിട്ട് ആ ഗ്രന്ഥർവരം പറഞ്ഞപ്പോഴും സുഗ്രീവൻ എന്ന പേരായിട്ടുള്ള ബാലിയെ ഭയപ്പെട്ട് അനവധികാരമായിട്ട് ആ സുഗ്രീവനോട് സഖ്യം ചെയ്ത് രാവണനെ ജനിക്കാം പറയണ്ടായി ആ പറഞ്ഞതനുസരിച്ച് ഭഗവാൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ മനസ്സിൽ ഒപ്പിച്ച് കഴിഞ്ഞേക്കുന്നു അവിടെ ആ പമ്പാനദിയെ അനുക്രമിച്ച് സുഗ്രീവന്റെ സമീപത്ത് സുഗ്രീവനോട് സഖ്യം ചെയ്ത് ക്രവർത്തി രമണനെ ജയിച്ച് ആഹരിക്കാം അതിനായിട്ട് നമുക്ക് സഹിക്കാം എന്ന് പറഞ്ഞപ്പോ ലക്ഷ്മണൻ സ്വാമി ഒരു ഈ പറഞ്ഞതില് പൂർണ്ണമായിട്ട് അഭിപ്രായമില്ല അതല്ല നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താന്നല്ലേ ഈ സുഗ്രീവന്റെ സ്ഥിതി എന്താ അനവധി കാലമായിട്ട് മാറ്റിവാൻപുറ പദത്തിൽ അവിടെ ഇങ്ങനെ പേടിച്ച് കിടക്കുക ഒരാൾ സഹായിക്കില്ല ലോകത്തിലൊരാള് പോലും സഹായിക്കില്ല അല്ലേ അത്രേ കുറയതാത്തവനാണെന്ന് ഒരു ദുർബലന ഒരു കഴിവുമില്ലാത്ത ഒരാൾ അങ്ങനെയുള്ള ആ സുഗ്രീവനോട് വന്നു സഖ്യം ചെയ്യാൻ ചെയ്യുമ്പോൾ എങ്ങനെ വേണം പ്രബലനായിട്ട് ഒരാളോട് വേണം ബലവാനായിട്ടുള്ള ആള് ആസ്വാധീനമുള്ള ഒരാൾ അല്ലേ അങ്ങനെ ഒരാളോട് സഖ്യം ചെയ്താൽ കാര്യത്തിനെടുക്കേണ്ടത് ഒന്നിനും പ്രാപ്തനല്ലാത്ത ആളെ എന്തു വേണം ആദ്യം പ്രാപ്തനാക്കണം കണ്ടേ കഴിവുണ്ടാക്കണം കഴിവുണ്ടാക്കിട്ട് വേണം തനിക്ക് സഹായത്തിന് ഒരു കഴിവില്ലാത്തവർ എന്ത് സഹായം ചെയ്യാം കൃഷ്ണ അതുകൊണ്ടിപ്പൊ എന്ത് വേണം അഭിപ്രായം ഒരു കാര്യം ചെയ്താൽ മതി ഭാര്യയെ ചെന്ന് അങ്ങോട്ടെ ആശ്രയിച്ചു ഭാര്യ എന്തിനും രാവണനെ ജയിച്ചിട്ടുള്ള ആളാണ് ബാലയോട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ വേഗം ബാലി രാവണനെ വരുത്തും ആ ജ്യേഷ്ഠത്തെ കാര്യം കഴിഞ്ഞു അതല്ലേ നല്ലത് ബാല്യെ ചെന്ന് ആശ്രയിക്കുക എല്ലാം നല്ലത് പ്രബലനായിട്ടുള്ള ആള് ബലവാനായിട്ടുള്ള ആള് ആ ബാല്യയുടെ അല്ലേ അതല്ലേ നല്ലത് ഈ ദുർബലനായിട്ട് സുജീവനെയാണോ ആ കുട്ടിയാണോ സഖ്യം ചെയ്യേണ്ടത് ചോദിച്ചപ്പോ ഭഗവാൻ ണാ നല്ലോണം ആലോചിച്ചിട്ടാണോ പറയുന്നത് ആലോചിച്ചു രാജധർമ്മൊക്കെ പഠിച്ചിട്ടില്ലേ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുള്ള ആളല്ലേ അങ്ങനെയുള്ള ലക്ഷ്മണൻ എന്താ എന്നോട് ഇങ്ങനെ പറയുന്നത് ആലോചിച്ചു നോക്കൂ ഭാര്യയെ ആശ്രയിക്കാൻ പോയാർക്കഥ എന്താന്ന് ആലോചിച്ചു എന്താ നമ്മ നേരെ വ്യക്തി ചെല്ലും ഗോപുരദ്വാരത്തിൽ ചെല്ലും നമ്മള് രണ്ട് മനുഷ്യര് നമ്മടെ പൊഞ്ഞാണ് കാവക്കാരുണ്ടാവേ നമ്മൾ അവിടെ ചെല്ലും ചെല്ലുമ്പെ നമ്മടെ വിചാരം എന്താ നമ്മൾ വംശരാജാത്യന്മാര് അച്ഛൻ ദശരഥൻ മഹായോഗ്യൻ ലോകം കൂടിയും ജയിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ളവരുടെ പുത്രന്മാര് അഭിമാനത്തോട് കൂടിയാണ് ചെല്ലുന്നത് ഗോപുരത്ത് ചെല്ലുമ്പോ കാവക്കാർക്ക് വല്ല മൃഗദ്രവുണ്ടോ എന്തെങ്കിലും ഗുണദോഷമുണ്ടോ ചോദിച്ചപ്പോ ആരാ ആരാ ചോദിച്ചത് പറയാൻ പറ്റുമോ നമ്മളെ വംശരാജാക്കന്മാരെ എന്നൊക്കെ പറയാൻ ഓർത്തിട്ടോ ഇനി പറഞ്ഞു വിചാരിക്കൂരിവംശരാജാവായ വേറെ വല്ല ഒരു അപ്പൊ ഒരുപോലെ തന്നെയാ ആ കുറഞ്ഞന്മാരുടെ മുകളിൽ കാവൊന്നും തന്നെ കാവക്കാരാ ഈ കാവക്കാരെന്ന് പറഞ്ഞാൽ തന്നെ പ്രതിചരിപ്പില്ലാത്ത പറയാ സാമാന്യം പോലുള്ള കാവെന്നു കിട്ടില്ല അങ്ങനത്തെ ആളുകളാ അങ്ങനെയുള്ള കാവക്കാരാണ്ടോ എന്താ കാര്യം ആര് എന്താ ദൂക്കുമ്പോ എന്താ വേണ്ടത് നമ്മൾ ഇവിടെ ഭാര്യയെ കാണാൻ അല്ലെങ്കിൽ കാണാന്ന് പറയാൻ വൃത്തിയുണ്ടോ നമ്മടെ കിട്ടി ബാല്യെന്ന് പറഞ്ഞവർ കൊറയ്ക്കണ അല്ലേ അവിടെ ചെന്നാ എന്ത് വേണം എന്തു പറയേണ്ടത് എന്താ പറയണ്ടത് ഭാര്യയെ കാണാൻ അതെയോ ഭാര്യയെ കാണാൻ നിന്നെ പറയാ സ്വാമി ഭാര്യയെ കാണാൻ അല്ലേ നമ്മളെ കൊണ്ട് പറയാൻ പറ്റുമോ ഭാര്യ സ്വാമി എന്ന് പറയാൻ കൊടുത്തിണ്ടോ പറയണ്ടല്ലേ ഇപ്പോഴത്തെ കാലത്ത് വല്ലതും പറയേണ്ട വരും പറയേണ്ട വരും ഇനി അതിട്ടെ എങ്ങനെയെങ്കിലും ഒക്കെ പറയാൻ കഴിയാം ആ എന്താ കാര്യം രാവക്കാരനോട് പറയുന്ന കാര്യം തന്നെ എന്താ പറയണ്ടേ ഭാര്യ ആടെ ഭാര്യേ എന്റെ ഭാര്യ രണ്ടാളുടെ ഉണ്ടോ ഇതിന്റെ ഒരാളുടെ ഉണ്ടോ ബാക്കിയും ഒരാളുടെ ഉണ്ടോ അല്ലേ ഭാര്യ എന്താ കൊടുത്ത് രാവണ അപഹരിച്ചു കൊണ്ടുപോയി കാവക്കാരൻ കൂടെ പറയണ കേട്ടോ ക ഭാര്യ നോക്കാൻ പറ്റില്ല പിന്നെ എന്താ പറഞ്ഞിട്ട് ഈ കാവക്കാരൻ ചോദിക്കണമൊക്കെ കേൾക്കണം അല്ലേ ഇവിടെ ഒന്ന് സങ്കരം പറയാനാണ് അതെയോ ഒന്ന് അവിടെ കൂട്ടോ അവിടേക്ക് പോവാൻ കാവക്കാരൻ അവർ പറയുന്ന രണ്ട് മനുഷ്യർ വന്നിട്ടുണ്ട് എൻ്റെ രാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ കടത്തി കൂടെ പോകും പോയി കറക്റ്റ് പെട്ടാൽ അനവധി പറഞ്ഞന്മാരെ തൊഴുതുകൊണ്ട് നിൽക്കണ്ടും ഭാര്യയുടെ മുമ്പില് നമ്മള് ചെന്നാലും തോന്നു നിക്കണം വേണ്ടേ എത്ര പറഞ്ഞന്മാരെ തോന്നണ്ടവരെ നിശ്ചയില്ലോട്ടേ തൊഴുതു നിക്കുക രണ്ടായി കാര്യങ്ങളെന്താണ് തൊഴുതു നിക്ക എന്തേ കാര്യം എന്താന്ന് പറയൂ നമ്മള് കാട്ടി താമസിച്ചിരുന്നു താമസിക്കുമ്പോ ഏർ എന്റെ ഭാര്യയെ ആ രാട്ടി രാവണം അപഹരിച്ചു കൊണ്ടുപോയി ഏർ രാവണൻറ്റ് കൊണ്ടുപോയി ബലായിട്ട് കൊണ്ടുപോയി ബലായിട്ട് എല്ലാം മോഷിച്ച് കൊണ്ടുപോയി ആഹ് മോഷണം ഉണ്ടായോ മോഷിക്കണ്ടായി അതെ ആഹാ നിങ്ങൾ ആരാന്നാ പറഞ്ഞത് സൂര്യമുഖ രാജാക്കന്മാരാ ഏർ ഭാര്യ മഹാസൂരൻ ആണല്ലോ എന്ത് രാവണൻ മറ്റൊരുത്തന്റെ ഭാര്യ അപഹരിച്ച് പറണ്ട താമസം രാവണപ്പോ വരും ഭാര്യ പുഴ ആളല്ലേ അവിടെ രാവണം വരുമ്പോ എന്താ രാവുക നമ്മളിവിടെ തൊഴുതുകൊണ്ട് നോക്കുക രാവണ ഇരിക്കൂ എന്ന് പറയും രാവണ അവിടെ സിംഹാദനത്തെ നമ്മുടെ മുമ്പില് നെളിഞ്ഞാൻ ഇരിക്കും നമ്മൾ ഇവിടെ അപ്പോൾ നന്ന നിക്കണം വേണ്ടേ ലക്ഷ്മണ ആരോചിച്ച് നോക്കിക്കോളൂട്ടോ അവിടെ നന്നാ ചോ ചോദിക്കും രാവണ എന്താ ഒരു സങ്കടം പറയണ്ടല്ലോ ഈ ഈ വിദ്വാന്റെ ചിലടെ ഭാര്യയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയോ കൊണ്ടുപോയി അത് ശരിയാണോ വേറെ ഭാര്യയൊക്കെ മോഷിച്ചു കൊണ്ടുപോയാലും അത് ശരിയല്ലാത്തതാണ് പിന്നെന്താ ചെയ്തേ ചെയ്യേണ്ടവുന്നു ചെയ്യണ്ടവര് എന്താ കാരണം കാരണം എന്താ കാരണം അവരോട് വരും ചോദിക്കൂ എന്താ കാരണം അവരോട് ചോദിക്കൂ ഏഹ് രാവണ പറയൂ എന്താന്നുള്ളത് അല്ല അവര് പറയുക എന്നുള്ളത് പറയൂ എന്താന്നുള്ളത് ആ ഇവര് പാണിപ്പൊ കണ്ടില്ല നല്ല തോന്നാ ഇവിടെ കാട്ടി തന്നെ എന്താ സഹോദരിയുടെ കർമ്മനാസികാദനം ചെയ്തു ഏ സഹോദരിയുടെ കർണനാസികാദനം ചെയ്തു അതെ ചെയ്തു ആഹാ ചെയ്യോ ചെയ്തില്ലെന്ന് പറയാൻ നോക്കിണ്ടോ ഉം അതത് കർമ്മനാസികാസ്വേദനം ചെയ്തു എന്നൊന്നും അറിയ വയ്യ പിന്നെന്താണ്ടായി സഹോദരി എടുത്തു കൊണ്ടുപോകുമ്പോ വാള് കയ്യിലുണ്ടായിരുന്നു ഏഹ് ആ വാള് തട്ടിയപ്പോ മൂക്കും ചെവിയൊക്കെ ഒന്ന് മുറിഞ്ഞു പോയിരുന്നുള്ളൂ വേനച്ചു മുറിച്ചതല്ല അറിയാണ്ട് മുറിഞ്ഞു പോയതാ അറിയാണ്ടെ ഇങ്ങനെ മുറിയോ വാള് കയ്യിൽ പിടിക്കാ തന്നെ ഇങ്ങനെ മുറിയർ പറ്റി ആഹാ ഡേ മൂക്കും ചെവി എന്തൊക്കെ മുറിഞ്ഞു പോയില്ലേ ആ പരിഹാരം രാവണാ പരിഹാരം ചെയ്യാം ആ സീതയോട് കൊണ്ടിരി സീത കൊണ്ടുവന്നാ രാവണണ്ടെങ്കിലും വാടിന്റെ എന്തൊക്കെയാണ് സഹോദരിയുടെ മുറിഞ്ഞ് പോയേച്ചാൽ അതൊക്കെ ഒന്ന് മുറിച്ച് പാർട്ടികൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ശിക്ഷയാണ് വിരിക്കണെന്നു വെച്ചാൽ മുർത്തിണ്ടോ എത്ര വിധികളാണ് ഞാൻ ഉണ്ടെന്ന് ചേരണ ഇല്ലേ ഞാൻ യാജവന്മാർ വിധിക്കണമുണ്ടരണേ ഇവരോന്ന് ഇല്ലേ ഇത് എന്താണോ പോയേ അത് ഇവിടെയും പൊക്കോട്ടേ അല്ലേ ണാ സുഗ്രീവനെയാണ് ആശ്രയിക്കണേ ഉണ്ടോ എന്ന് അങ്ങ് ചോദിച്ചിട്ടുണ്ടായി അല്ലേ സുഗ്രീവനെയാണ് ആശ്രയിക്കണേച്ചാൽ നമ്മളെ ബഹുമാനത്തോടുകൂടി കൊണ്ടു കൊണ്ടുപോയി ഭഗിയായിട്ട് സഖ്യം ചെയ്യുക സഖ്യവും മറ്റത് ആ രാ ബാലിക്ക് ആവശ്യമില്ല അല്ലേ നമ്മുടെ ആശ്രയം ഉണ്ടോ അതുകൊണ്ട് ആ സഖ്യമല്ല നല്ലത് എന്ന് അന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴും ലക്ഷ്മണന കൊണ്ട് വിശ്വാസം എന്തോ പറയോന്നു തോന്നുള്ളൂ ആ ചേട്ടൻ നിശ്ചയിക്കണ പോലെ ഇന്നെന്തായുള്ളൂ ആ ലക്ഷ്മണന്റെ നേരെ നോക്കി ലക്ഷ്മണാ കണ്ടു ഇപ്പൊ എന്താ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനാളാ നമ്മളെ അങ്കിട് ചല്ലേ അല്ല സുഗ്രീവന് നമ്മളോടുകൂടി സഖ്യം ചെയ്തിട്ട് ആവശ്യണ്ട് അല്ലേ നമ്മളെ അങ്കിട് കൂട്ടിക്കൊണ്ടുപോകും ആവശ്യക്കാരനാണെങ്കിൽ കൂട്ടിക്കൊണ്ടിരാനാവുണ്ടോ ആവശ്യമില്ലേക്ക് വേണമെങ്കിൽ വന്നോട്ടെ നോക്കും രണ്ടും രണ്ടു മാറ്റം ഇതാണ് അതാണ് പറഞ്ഞത് ഇപ്പൊ നമ്മളെ കൂടി എന്ന ഭാവത്തോടു കൂടിയിട്ട് രാമഭദ്രാ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണൻറെ നേരെ നോക്കി അതിൻ്റെ ശേഷം ഹനുമാൻ വ്യാകരണോപദേശ േവായ സേത്ര വിഭൂതിയക്ഷിണം ശിഭിഖാമാരുപ്യമൗഗ്രീവം സമയമുഹാസീനം ഹനുമാൻ കവീ ഹനുമാൻ കവീ സമീപത്തെ കൊണ്ടുവന്നു എന്നാൽ ഹനുമാന്റെ സ്ഥിതി എന്താ എങ്ങനെയാണ് ഹനുമാൻ അവിടെ കഴിച്ചിരുന്നത് എന്നാണെങ്കിൽ ദക്ഷിണ ദക്ഷിണയെ ആലക്ഷയനായിട്ടാണ് ദക്ഷിണ ദക്ഷിണ കേട്ടോ ആ ദക്ഷയനായിട്ട് ചില കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്നു തന്റെ ദക്ഷിണയെ നോക്കിക്കൊണ്ടാണ് ഗുരുവിനായിട്ട് ദത്തയായിട്ടുള്ളത് ഗുരുവിന് തന്റെ ഗുരുനാഥന് കൊടത്തതായിട്ടുള്ള ദക്ഷിണ എന്താ ഗുരുനാഥൻ പറഞ്ഞേക്കുള്ളത് ആ ദക്ഷിണ എന്താ ായിട്ടുള്ള ദക്ഷിണ ആദിത്യ പുത്രനായിട്ട് സുഗ്രീവന് ഐശ്വര്യം ഉണ്ടാക്കി കൊടുക്കുക അല്ലേ അങ്ങനെ ഉള്ളതായിട്ടുള്ള ദക്ഷിണയാണ് എന്താണെന്ന് ംസുവായിട്ട ദേവൻ ആദിത്യൻ അദ്ദേഹത്തിന് പുറത്തുണ്ടെന്നും എന്തിനോപദേശ വ്യാകരണോപദേശ ഗുരുവനി ഉപദേശിച്ച ഗുരുവാണ് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച ഗുരു വ്യാകരണം ശേഷിച്ച് ഉപദേശിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ഉപദേശിച്ചിട്ടുള്ള ആ വ്യാകരണത്തിന്റെ വൈഭവം കൊണ്ടാണ് ഹനുമാന്റെ വാക്കിന് ഇത്ര വൈശിഷ്ടം ഉണ്ടായിരുന്നു ഭംഗിയായിട്ട് നല്ല ഗുരുവിൻ്റെ അടുക്കുന്ന ശ്രദ്ധയോടുകൂടി വിദ്യ അഭ്യസിച്ചിട്ടുള്ള ആളുകൾക്കാണ് അതേപോലെയുള്ള വാക് വൈശിഷ്ട ഉണ്ടാവുക ഏ ആ ഗുരുനാഥന്റെ വൈഭവം ആരാ തിദ്വാംസേ ം ദേവൻ ആദിത്യൻ ലോകത്തിലെങ്കിലുള്ള സകല ചരാചരങ്ങൾക്കും തേജസ്സിനെ ഉണ്ടാക്കുന്ന ആളാണ് ആദിത്യൻ ആ ആദിത്യനാണ് ഉപദേശിച്ചേക്കുന്നത് അതാണ് ആ വാക്കിൻ്റെ വിശേഷം അദ്ദേഹത്തിൻ്റെ വിശേഷം എന്താ അതിന് കാരണം എന്നാണെങ്കിൽ താൻ ജനിച്ചു ജനിച്ചിട്ട് അജ്ഞത കൊണ്ട് തനിക്ക് ആപത്ത് സംഭവിച്ചു ഏ ഇന്ദ്രൻ്റെ വജ്രായുധം കൊണ്ട് പറഞ്ഞു വീണു തനിക്ക് വലുതായിട്ടുള്ള ആപത്ത് സംഭവിച്ചു എന്തോ ദൈവാധീനം കൊണ്ട് പ്രാണം പോയില്ലാതെ ജീവനുണ്ടായി അതിനുശേഷം താൻ അങ്ങനെ നടക്കുമ്പോൾ തോന്നി വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ടാണ് ഈ ആപത്ത് വന്നത് വേണ്ടതും വേണ്ടാത്തതും അറിയാതാണ് വിദ്യാഭ്യാസത്തിന്റെ ഗുണം ജ്ഞാനമുണ്ടാവുക അറിഞ്ഞില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ വിദ്യാഭ്യാസിക്കണം എന്ന് ചോദിച്ചു ആരെയുള്ള ഭംഗിയായിട്ട് വിദ്യാഭ്യാസിക്കണം എന്ന് വിചാരിച്ച് ഇന്ന് നടക്ക ആ നടക്കുമ്പോഴാണ് ഒരു മഹർഷി തൻ്റെ ആശ്രമത്തില് അനവധി ശിക്ഷന്മാർക്ക് അദ്ദേഹം മഹാനായുള്ള ഗുരുവാണ് എന്നാൽ അവിടെ കാത്തി സമയം കാത്തുകൊണ്ട് നിന്നു അദ്ദേഹം സ്വസ്ഥമായിട്ടിരിക്കാൻ സമയത്തിന് അടുത്ത് ചെന്ന് വന്നിച്ചു വന്നിച്ചപ്പോൾ എന്താ അന്ന് അനൗശ്യം അവിടെക്ക് വിദ്യ ഉപദേശിക്കേണ്ടത് ആയിക്കോട്ടെ അടിയനും കൂടി വിദ്യ ഉപദേശിച്ചു അപ്പോഴാണ് ആ മഹിഷി നോക്കണത് നോക്കിയപ്പോൾ ഒരു തന്റെ അടുക്കൊന്നു പറയണത് വിദ്യ ഉപദേശിക്കണം ഞാൻ പഠിപ്പിക്കേ താരം പോലെ പോക്കേ ഈ മൃഗങ്ങളെയൊക്കെ പഠിപ്പിക്കേണ്ട കഥമാണ് കത്ത് കാലം ആലോചിച്ച് നോക്കിയാല് മനുഷ്യരൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഈ മൃഗങ്ങളെയൊക്കെ അഭ്യസിച്ചു തുടങ്ങിയാൽ എനിക്ക് എന്താ ചെയ്യുക ജന്മം കൊണ്ട് ഒരു കൊങ്ങനായി വിദ്യ അഭ്യസിപ്പിക്കാൻ ആരുടെ അടുത്ത് പഠിക്കണ്ടേ എന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുമ്പോഴാണ് തനിക്ക് രണ്ടാമത് ജീവൻ ഉണ്ടാക്കിയപ്പോൾ എല്ലാ രേവന്മാരും അനുഗ്രഹിച്ചിട്ടുണ്ട് ആ അനുഗ്രഹിച്ച കൂടുതൽ ആദിത്യനെ അനുഗ്രഹിച്ചു ഞാൻ വിദ്യ അഭ്യസിപ്പിച്ചോളാം ആലോചിച്ചിട്ട് അനുഗ്രഹിച്ചതല്ല ആ സന്തോഷം കൊണ്ടാണ് അനുഗ്രഹിച്ചതാ അപ്പോഴാണ് ഓർമ്മ ഓർത്തു ആദ്യത്തെ ളെ അന്വേഷിക്കുന്നത് നേരെ ആദിത്യനടുത്ത് പുറത്തു ചാട്ടം ചാടി കണ്ടപ്പോ ആദ്യത്തിന് ഒന്ന് പേടിച്ചു ഇതാ കാരണം ആദ്യം പേടിച്ചിട്ടുണ്ട് താൻ ജനിച്ച സമയത്ത് വായെന്ന്റന്നിട്ടാണ് ചെല്ലിണ്ടായി അപ്പൊ ആദിത്യനൊന്ന് പേടിച്ചു അതേപോലെ ഒരു വരവാ വരണത് ഏഹ് ഇതിപ്പോ എന്തിനാ വരണയാവോമൻ ഭയപ്പോഴൊന്നും വേണ്ട എന്താ എന്റെ വിദ്യ അഭ്യസിപ്പിക്കാന്ന് അനുഗ്രഹിച്ചിട്ടോ അടങ്ങിയിരിക്കണ്ടെങ്കിലല്ലേ ഉള്ളൂ കുടിക്കുക അസ്തമിക്കുക ഇങ്ങനെയാണ് ഒരിക്കലും അടങ്ങിയിരിക്കില്ല ഹനുമാൻ ഞാൻ ആ സന്തോഷം കൊണ്ട് അനുഗ്രഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എവിടെയെങ്കിലും ഒരിച്ചിരുന്നാലല്ലേ വിദ്യാഭ്യാസിക്കാൻ പറ്റുള്ളൂ അതവസരല്ല അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യാ അതിന് ഭാഗത്തിന് അധികം വിദ്യാ എങ്ങനെയാ ഉദിച്ചാൽ അസ്തമിക്കാൻ പോകണം ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാൻ പറ്റില്ല അസ്തമിക്കഴിഞ്ഞാ ഉദിക്കാനായിട്ട് വരണം ഇങ്ങനെയാണ് വിദ്യാൽ മുഖ അഭിമുഖായിട്ട് വേണം നേരിട്ട് വേണം ശിഷ്യനെ കണ്ടും കൊണ്ട് ഉപദേശിക്കണം അല്ലാണ്ട് ശിഷ്യൻ വല്ലക്കിലിരിക്കുക ഗുരു ഗുരുക്കലി ആ വിദ്യാഭ്യാസം ഒന്നും അടി നേരെ മുഖാമുഖമായിട്ട് വേണം എൻ്റെ കാരണവെച്ചാൽ ശിഷ്യൻ എൻ്റെ ഉള്ളിലേക്ക് ആ ഗുരു ഗൃനാഥം പ്രവേശിക്കണം എന്നാണ് മുഖാമുഖമായിട്ട് വേണം എന്ന് പറയാൻ കാരണം അങ്ങനെ അഭ്യനിപ്പിച്ചാൽ നേരെയാവും അതിന് പൈസമ്യമില്ല അങ്ങ് അസ്തമിക്കാനായിട്ട് പോവല്ലേ മുമ്പിൽ നടന്നോളാം ഓണ് ഐന്ദ്രം വ്യാകരണം എടുത്ത് കഴുകി കൊടുത്തു ആ ഗ്രന്ഥം അങ്ങനെ അഴിച്ചു കഴുകി കുതിക്കുന്ന സമയത്ത് തുടങ്ങി ആദിത്യ പേരിന്റെ മുമ്പില് പിന്നാക്കം നടന്നു വല്ലോ നല്ലോ ആവുള്ളൂ പിന്നെ ആദിത്യ അതിവേഗതയില സഞ്ചരിക്കണേ ആ പേരിന്റെ പിന്നില് പിന്നാക്കം നടന്ന് ആദിത്യനെ അസ്തമിക്കണ സമയത്തെങ്കില് ആ വിദ്യാഭ്യാസം പൂർണ്ണ എന്നിട്ട് കെട്ടി അറിവ് ആദിത്യൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഒരു ദിവസം മുഴുവൻ പകലുകൊണ്ട് ഐന്ദ്ര വ്യാകരണം മുഴുവൻ ആദ്യത്തിന് അത്ഭുതം കൂടെ അനവധി കാലങ്ങളെ കൊണ്ട് അഭ്യദിക്കേണ്ട സാധനാണ് ഒരു പകലോണ്ട് അങ്ങനെ പഠിച്ചിരിക്കണത് ഇങ്ങനെ ഒരു ഗഹണശക്തിയോ അത്ഭുത ആദിത്യന് അത് കഴിഞ്ഞപ്പോ അടിയനെ എന്താണ് ഗുരുദക്ഷിണ ചെയ്യേണ്ടത് ഏ ഗുരുദക്ഷണൊന്നും വേണ്ട ഇങ്ങനെ ഒരു ശിഷ്യൻ ഉണ്ടാവാന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യം അതാണ് വേണ്ടത് ഗുരുനാഥന് ഏറ്റവും ഭാഗ്യമായിട്ടുള്ളത് അതിയൊക്കേ ശിഷ്യൻ കാര്യം ചെയ്താമതീഷി എന്റെ പുത്രൻ സുഗ്രീവൻ മലബാമ്പറ പദത്തിൽ വളരെ കാലമായിട്ട് ബാല്യെ പേടിച്ചു കെട്ടി നോ ആ സുഗ്രീവന് സഹായ കൊച്ചു കല കഴിയുമ്പോ പുലി വംശരാജാവ് ശരഥന്റെ പുത്രന്മാര് രാമലക്ഷണന്മാര് അവിടെ വരും അവര് വരുമ്പോ അവരെ കൃഷി കൊണ്ടുപോയി ഇങ്ങനെ ചെയ്താൽ മതി എന്ന് ആദിത്യൻ പറഞ്ഞ ഇങ്ങനെ ഗുരുവിനായി കൊണ്ടു കൊടുത്തിട്ടുള്ളതാണ് ദക്ഷിണ ആ ദക്ഷിണയെ ആലാക്ഷയൻ ആയിട്ടാ എന്തായാലും കാത്തു സൂക്ഷിച്ചു നോക്കിക്കൊണ്ടുവന്ന് എപ്പോഴാ പറഞ്ഞെന്നറിയില്ലോ ഗുരുവംശരാജാക്കന്മാർ ഇവിടെ വരുന്നാണോ പറഞ്ഞിരിക്കുന്നത് രാമലക്ഷ്മണന്മാര് വരുന്നുണ്ടോ വരുന്നുണ്ടോ ആരെങ്കിലും വരണേ ആഹ് അതെ അവരെ തോന്ന അവരാണ് ഇങ്ങനെ ആരാണോ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് ഇരിക്കണത് ആ ലക്ഷയൻ അങ്ങനെ താൻ വളരെ കാലമായിട്ട് നോക്കിക്കൊണ്ടിരിക്കണതായിട്ടുള്ള ആ ദക്ഷിണ ദക്ഷിണയായിട്ടുള്ള ഗുരുദക്ഷിണെ എങ്ങനെ വേണം എങ്ങനെയാ ഉപദക്ഷിണെ കുടുംബാസിനടുക്കലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളത് ഞാൻ എടുത്തു കൊണ്ടുപോകുന്നു അതല്ല എങ്ങനെ എങ്ങനെയെങ്കിലും കൊണ്ടായാൽ പോരാ അല്ലേ അതാണ് ഹനോമാർ എടുത്തു കൊണ്ടുപോകാനുള്ളു ആ ഉപദക്ഷിണായിട്ട് കയ്യിൽ കിട്ടിയാ തൃപ്തനായിട്ട് തീർന്നു പോകുന്നത് എന്നിട്ട് സോ മാംസാടാംശ ജീവികമാരോ ഇല്ല പല്ലക്കില കൊണ്ടുപോയി അങ്ങനെയാണല്ലോ സാധാരണ പോലെ കൊണ്ടുപോയി പോരാ പല്ലക്കൽ ഏതെങ്കിലും വാഹനത്തിൽ കൊണ്ടുപോകണം ഇവിടെ കാട്ടിലാകൊണ്ട് തേരൊന്നും പറ്റില്ലേ അതാണ് പല്ലക്ക് പല്ലക്ക എന്ന് പറഞ്ഞാലോ നാല് പേര് കൂടി എടുത്ത് കൊണ്ടുനടക്കണം അതാണ് പല്ലക്ക എന്ന് പറയുന്നത് ഇവിടെ നാലാളുണ്ടോ നൂങ്ങാ മാത്രമേ ഉള്ളൂ അപ്പൊ എന്താ ആ പല്ലക്കിനും മാറ്റണ്ട് സോ ആ മാംസാടാംശ ജീപിക തന്റെ അംസാണ് ചോം അല്ല ചുമലിലെ രണ്ടുപേരെ എടുത്ത് വെച്ചേക്കണമെന്ന് ഒരാളെ ഒരു ചുമലേ മറ്റേ ആ മറ്റേ ചുമലില് ഇങ്ങനെയാ എന്നാൽ ഈ ചുമലിലൊക്കെ ഇരുന്ന് പോകാൻ വെച്ചാൽ വിഷമല്ലേ പല്ലൊക്കെ ആ സുഖമായിടലിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഭംഗിയായിട്ടുള്ളത് അരിപ്പൊക്കെ ഉണ്ട് വേണ്ട പോലെ അങ്ങനെ ആകുമ്പോൾ യാത്ര സുഖമാണ് തന്നെയല്ല പോണത് അങ്ങടാ പർവ്വതൻ്റെ മുകളിലാണ് മൂളയ്ക്ക കയറേണ്ടത് ഏറ്റാ അങ്ങനെ വരുമ്പോൾ സുഖാവുമോ യാത്ര എന്നാണെങ്കിൽ സുഖ ഇള്ളതാ ചുമലെ ോട് കൂടിയിട്ട തന്റെ ശി ചുമലേ ആ ചുമലാകുന്ന ശിവ്യമി ആ വീരന്മാരായിട്ടുള്ള ഇവരെ തന്റെ ചുമലരെടുത്ത് വച്ചിട്ട്ഗ്രീവം സമജീവമൽ ആ സുഖീവൻ്റെ അടുക്കളയ്ക്ക് കൊണ്ടുപോയി ആ സുഖരീവനെ അവിടെ ഇരിക്കുന്നു എന്നാണെങ്കിൽ സുഗീവൻ ഇരിക്കുന്ന ഗിരിഗുഹാസീനം ഗിരിഗുഹാസീനാണ് ആ പർവ്വതത്തിന്റെ ഗുഹയുടെ ഉളി പോയിരിക്കാന് എന്താ കാരണം ഹനുമാൻ ഇവിടെ പോകുമല്ലോ ഇവരെ ഇടയ്ക്കിടയ്ക്ക് അടുക്കാരും ഇല്ലാണ്ടായി ഹനുമാൻ ഇല്ലാണ്ടായിപ്പോ ഭയായി ആ ഹനുമാൻ അവിടെ പോവാൻ പുറപ്പെട്ടപ്പോ തന്നെ സുഗ്രീവൻ പറഞ്ഞു ഹനുമാൻ ഹനുമാൻ വരുന്നത് ഞാൻ ഈ ഗുഹയുടെ ഉളി പോയിരിക്കട്ടോ ഭാര്യയുടെ ഭയാണ് ബാല്യയുടെ പ്രഹരങ്ങൾ അന്ന് കൊണ്ടതിൻ്റെ ഭയാണ് പേടിച്ചിട്ട് ഈ ഒരു പ്രഹരം കൊണ്ടാ തന്നെ കഴിയും അതിലായിട്ടാണ് ഇവിടെ വന്നിരിക്കണത് വേഗം ആ ഗുഹയുടെ ഉള്ളിൽ പോയിരിക്കുന്നത് ഗിരി ഗുഹാസീനം ആ അങ്ങനെയുള്ള എന്നാൽ അവിടേക്കോ അവിടേക്ക് ഇവരേ കൊണ്ടുപോയില്ല ഭഗവാൻ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും പർവ്വതത്തിന്റെ ഉപരിഭാഗത്തിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി ഇരുത്തിയതിൻ്റെ ശേഷം ഹനുമാൻ ീപന്റെ അടുത്ത് ചെന്നു ചെന്നും കൊണ്ട് അറിയിച്ചു അല്ലേ സ്വമൻ കാര്യം ഊട്ടും അങ്ങ് ഭയപ്പെടണ്ട എന്താ അതുകൊണ്ട് ആരാണ് വെറുതെ എങ്ങനെയുള്ളവരാണ് എന്നല്ലേ പറയാം പുത്രാമിത്രാൻപദേഷുരാമഹ പ്രഥമജനിരയം ലക്ഷ്മണം ലക്ഷ്മണോയം തൃതീയാ എങ്ങനെയാണെന്നുള്ളത് അങ്ങ് മനസ്സിലാക്കേണ്ടതാണ് സാധാരണ ആളുകളെല്ലാം കണ്ടപ്പോ തന്നെ തോന്നിരുന്നു ആ യോഗ്യന്മാരാണ് ഇത് ഇവര് പറയുകയാണെങ്കിൽ ഭംഗിയായിട്ട് പറയാം എന്താ പുത്രമിത്രേ ദശരഥ ഉജ്ജ്വലാ സൂര്യവംശത്തെങ്കിൽ ദശരഥന് നാല് പുത്രന്മാരുണ്ടായി അങ്ങ് കേട്ടിട്ടുണ്ടാവാം ധരിച്ചിട്ടുണ്ടാവാം സൂര്യവംശരാജാവയുടെ ശരസൻ മഹായോഗ്യൻ നാല് പുത്രന്മാരെ ഉണ്ടായത്വ പ്രഥമജനിരം പ്രഥമജനിയായി ആദ്യത്തെ പുത്രൻ ആദ്യത്തെ പുത്രനാണ് രാമൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ള ആള് അതുപോലെ ലക്ഷ്മണോ എം തൃതീയ മൂന്നാമത്തെ ഇങ്ങനെ രണ്ട് പേരാണ് നാലുള്ളത് ഒന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുൻ ഇങ്ങനെ നാല് പേരാണ് അതിൽ ആദ്യത്തെ പുത്രനായിട്ട് രാമനും മൂന്നാമത്തെ പുത്രനായ ലക്ഷ്മണനുമാണ് എന്താണ് ഇവർ വരാൻ കാരണം എന്നാണെങ്കിൽ ും അന്വേഷിച്ചു കൊണ്ട് നടക്കുക അന്വേഷിക്കാൻ്റെ കാരണം എന്താ നിശിചരപതിനാ വഞ്ചിതം പഞ്ചട്ടിയാ നിശിചരപതി രാവണൻ പ്രസിദ്ധനായ രാക്ഷ ചചക്രവർത്തി രാവണൻ ഇവര് കാട്ടിലധിവസിക്കണത്തെങ്കിൽ അവിടെ നിന്ന് തളവായിട്ട് അപഹരിച്ചു കൊണ്ടുപോയി അങ്ങനെയുള്ള സീതാദേവിയെ അന്വേഷിച്ചു സഞ്ചരിക്കണവരാണ് ും സഞ്ചരിച്ച് എന്തോ ഭാഗ്യം പറയുള്ളൂ പര്യടന്തൂ അങ്ങയുടെ സമീപത്തേക്ക് വന്നേക്കുന്നു ആരും കൊണ്ടുവന്നു അല്ലേ വേറൊന്നു പറയില്ല ദൈവേനീതം കൊണ്ടുവന്നതാണ് വേറൊന്നും അല്ല അല്ലെങ്കിൽ അവർക്ക് വീട് വരേണ്ട കാര്യമുണ്ടോ വേറെ എത്ര സ്ഥലമുണ്ട് ഇവിടേക്ക് വരാനുള്ള കാരണം ഭാഗ്യം അങ്ങയുടെ ഭാഗ്യം എന്ന് എന്നെ പറയാൻ നിർത്തിയുള്ളൂ അങ്ങനെ ഉള്ളവരാണ് ഇവര് എന്ന് ഏർ ഹനുമാൻ സുഗ്രീവനോട് വളരെ സമഷ സമഷ്ടിയായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലായി ഇങ്ങനെ ൂകേണമാരുതിരൺ വിശേഷം രാമഭദ്രീതി ബഹുമാന വിശ്വാസനീവുഗ്രീവാഹുള ഗിരിഗുഹരൂ ശരീര പ്രകാശിതുരവസ്ഥ ൂലേദ പ്രഗ്രീവൻ കേട്ട മാത്രം ഇങ്ങൾ തന്നെ അത് നീണ്ടു കൊടുക്കൂ എന്നോ ആ ഭഗവാന്റെ സമീപത്തെങ്കിലവിടെ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാക്കൽ വന്ന് എങ്ങനെയാ എങ്ങാ എന്താ നമസ്കരിക്കാനുള്ള കാരണം ഇവിടെ അങ്ങോട്ട് വരാൻ എങ്ങനെ ധൈര്യം വന്നത് ആരാ ഉറപ്പിക്കണേ എന്നാണെങ്കിൽ മാരുതി അന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നത് ഇന്ന ആളുകളാണ് സൂര്യവംശ രാജാക്കന്മാരാണ് ദശരഥന്റെ പുത്രന്മാരാണ് രാമലക്ഷ്മണന്മാരാണ് എന്ന് പറഞ്ഞ ആരാ ഹനുമാൻ അങ്ങനെയുള്ള ആളാ ഹിതരൂകേതം ഭുവനഹിതാഗരൂകനാണ് ലോകത്തിന് ശ്രേയത്തിനെ പ്രധാനം ചെയ്യണ ആൾ ഭുവനം ലോകം ഇന്ന ആൾക്കുന്നില്ല ആർക്കാണെങ്കിലും നല്ലതിനെ കൊടുക്കണ ആളാ അടുത്ത രാജ്യം അപ്പോ വിശ്വസ്തനായിട്ടുള്ള ആളാണ് വിശ്വസിക്കാം ഹനുമാൻ പറയണത് എന്തോ ഇത് പരമാർത്ഥമാണെന്ന് ഉറപ്പിക്കാം അങ്ങനെയുള്ള വിശ്വസിച്ചു എന്നിട്ട് അവരജാൻ അവരജാൻ ഹനുജനും ഉണ്ടോ കൂടെ ഇത് തന്നെയല്ല അശേഷ ലോകപാലന വിരീന്ദ്രീന്ദ്രം രാമഭദ്രം ശേഷ ലോകപാലന വിനീന്ദ്രന എല്ലാ ലോകങ്ങളെയും സകല ജനങ്ങളെയും പിന്നാലെ തന്നെ മാത്രമല്ല ആരെ തന്നെ ആശ്രയിക്കുന്ന ആളുകളെ മുഴുവൻ രക്ഷിക്കാൻ വൈഭവത്തോടു കൂടിയിട്ടുള്ള ആളാണ് ഭുവൻ അജിരഹിതാഗണിതം അങ്ങനെയുള്ള അദ്ദേഹത്തിന് അടുക്കളക്ക് ഉറപ്പട്ടു എന്നാൽ എങ്ങനെയാണ് സുഗ്രീവന്റെ സ്ഥിതി എന്താണ് എന്നാണെങ്കിൽ മിഹിരന്മ വായ വിശേഷോ എങ്ങനെയാണ് സുജ്രീവന്റെ സ്ഥിതി എന്താണെങ്കിൽ ആ ഇതാണ് കേട്ടതോടു കൂടിയിട്ട് കേട്ടതോടു കൂടിയിട്ട് ശിരസങ്ങനെ ചാറ്റിക്കൊണ്ട എന്താ കാരണം വിശ്വാസ ഭാരമിത വരവ് കണ്ടറിയാം എങ്ങനെയാണ് ഇത്രയും കാലം കഴിഞ്ഞേക്കുന്നത് എന്താ രഗിരി ശരീര പ്രകാശിതരവസ്ഥ ആ ആ ഗുഹയുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ധൂളികളുണ്ട് പൂട്ടികളുണ്ട് അതെങ്ങനെയാണ് പ്രചുരഗിരി ആണ് പ്രചുരമായിട്ടുള്ളത് ധാരാളം ഉണ്ടെന്ന് അതിൻ്റെ ഉള്ളിലാണ് കഴിഞ്ഞിരിക്കണത് പ്രചുരഗിരി ഗുഹരെ ധൂളി ധൂളി ധൂസരിത് ശരീരം പ്രകാശിതൊരവസ്ഥാഹ ആ ശരീരത്തെങ്കിലും മുഴുവൻ ആ പൂട്ടിയാണ് പറ്റിയിരിക്കുന്നത് ധൂസരവർണ്ണമായിരിക്കുന്നു ഭൂസരവർണ്ണെന്നാൽ പല വർണ്ണത്തിലുള്ള ണ്ടാവണത് എന്നാണ് ധൂസരവർണ്ണമെന്ന് പറയുന്നത് ഒരു വർണ്ണല്ല ആ ഗുഹയുടെ ഉള്ളിൽ ഏതെല്ലാം വർണ്ണത്തിലുള്ള പൊടികളുണ്ടോ അത് വിവിധ ധാതുക്കളുള്ള ഭൂ സ്ഥലമാണ് അപ്പോ ചുമപ്പ് വർണ്ണമുണ്ട് കറുപ്പ് വർണ്ണമുണ്ട് മഞ്ഞ വർണ്ണമുണ്ട് ഇങ്ങനത്തെ പറയുന്ന എല്ലാ വർണ്ണമുണ്ട് എല്ലാം ഇതെല്ലാം ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെന്ന് അത് എന്നോ ആ അതാണ് കണ്ടുകഴിഞ്ഞാൽ പ്രകാശിത ദുരവ ശരീര പ്രകാശിത ദുരവസ്ഥ കണ്ടറിയാം സുഗ്രീവൻ്റെ ദുരവസ്ഥ ആ ഗുഹയുടെ ഉള്ളിൽ നിന്നാ പുറത്തേക്കാണ് ഇറങ്ങില്ലേ അങ്ങനെയാണ് ഹനുമാൻ ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്കൊന്നും ഇറങ്ങുള്ളൂ അങ്ങനെയുള്ള ആ ദുരവസ്ഥയോട് കൂടിയിട്ടുള്ള ആള് ഇങ്ങനെയുള്ള ആളാണ് ഒരു എന്നിട്ട് ആ ഭഗവാന്റെ അടുത്തതിക്ക് വന്നിട്ട് സാഷ്ടമാ സാക്ഷാംഗമായിട്ട് നല്ലപോലെ ഭംഗിയായിട്ട് നമസ്കരിച്ചു നമസ്കരിക്കലേന്ന് പറഞ്ഞാൽ ഭക്തിയോടുകൂടി നമസ്കരിച്ചു ആശ്രയിച്ചു കൊണ്ട് അതല്ലാതെ നമസ്കാരം എന്ന് പറഞ്ഞാൽ എട്ടംഗം നല്ല ഒരങ്കവും നെൽക്കുമുട്ടാണ്ടേ അധികം നമസ്കാരം ഉണ്ടാവുക ഇതങ്ങനെയല്ല സാക്ഷാങ്ക ഭംഗിയായിട്ട് നമസ്കരിച്ചു ചിന്താണി ദശരഥ സുധരാമരണ മനുപുലശേഖരാ ലക്ഷ്മണഗ്രജന്മൻ കമലകലേത്ര മയ്യമാരുവകരുണ കരുണാകരോ ടിയന്തൽ അനാഥേ മയിഥന ആരുമാശ്രയല്ല ഒരാളുമില്ല ത്രൈലോകത്തെങ്കിലുള്ള ഒരാളും അടിയനെ ആശ്രഹായിക്കാനായിട്ടില്ലാ എത്രയും എത്ര കാലമായി ഇവിടെ കൊണ്ടു കഴിയുന്നു ഒന്ന് നടക്കുന്നുണ്ടോ അതാണ് അനാഥേ മയ അങ്ങനെയുള്ള അടിയനെ അവിടെ അടിയെങ്കിലവിടെ കരുണ ഉണ്ടാവണേ കരുണ ഉണ്ടാവണേ എന്നാ കരുണ ഉണ്ടാവുമോ ആണെങ്കിൽ ഉണ്ടാവും എങ്ങനെയുള്ള ആളാണ് അവിടെ നിന്ന് ദശരഥ സുതാ ദശരഥന്റെ പുത്രനായിട്ടുള്ള ആളാണല്ലോ അവിടെ ദശരഥൻ സ്ത്രീലോക്യം മുഴുവൻ രക്ഷിച്ചിട്ടുള്ള ആളാണ് ഇങ്ങനെ വീരാഗ്രസനായിട്ടൊരാളില്ലാ അങ്ങനെയുള്ള അവിടെന്നാണ് എന്ന് മാത്രമല്ല സകല ജനങ്ങളിലും ദയുള്ള ആളാണ് ദശരഥ മഹാരാജാവ് അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ആളല്ലേ ദശരഥ രാമാ ലേ രാമാ എന്ന് മാത്രമല്ല അങ്ങക്ക് അടിയനെ രക്ഷിക്കാനുള്ള വൈഭവ ണെങ്കിൽ വൈഭവുണ്ട് എന്താ രാവണാരേ രാവണാരാണ് രാവണന്റെ ശത്രുവാണ് രാവണനെ നിഗ്രഹിച്ചു ആളാണെന്ന് അങ്ങ് പ്രതിജ്ഞ ചെയ്തേക്കുന്നു സർവരാക്ഷം ചെയ്ത് പ്രതിജ്ഞ ചെയ്തിട്ടല്ലേ അവിടുന്ന് രാവണ ആരേ അതിനുള്ള കഴിവുണ്ടങ്ങ് ലോകത്തിൽ അധർമ്മം പ്രവർത്തിക്കുന്ന ആളുകൾ നശിപ്പിക്കാനുള്ള വൈഭവുള്ള ആളാണ് അവിടുന്ന് ശേഖരനാണ് വനുവംശത്തിന് അലങ്കാരമായിട്ടുള്ള ആള് ഇത്രയും യോഗ്യനായിട്ടുള്ള ഒരാള് സൂര്യവംശം ജനിച്ചിട്ടില്ല അത്രയും മഹാനാണ് അങ് മനുകൂല ശേഖര ലക്ഷ്മണ അഗ്രജന്മൻ ലക്ഷ്മണ അഗ്രജന്മാവാണ് എന്താ കാരണമെന്നാൽ അങ്ങയെ സഹായിക്കാനായിട്ട് അങ്ങയെ പോലെ തന്നെ വൈഭവമുള്ള ഒരാൾ കൂടെയുണ്ട് സഹായി ഉള്ള ആളുകൾക്ക് വിജയമുണ്ടാവുള്ളൂ എങ്ങനെയാണ് സഹായി ആവണം മാത്രമാത്രം യോഗ്യനായിട്ടുള്ള ആളാവണം ലക്ഷ്മണ അഗ്രജന്മൻ ലേ സ്വാമൻ അവിടുന്ന് കരുണ അമല കമല നേത്ര അമല കമല നേത്രനാണ് അതെ പരിശുദ്ധമായിട്ടുള്ളത് അമരപ്പുവിൻ്റെ ഇതേപോലെ മനോഹരമായിട്ടുള്ള കണ്ണുകളോടുകൂടിയിട്ടുള്ള ആള് അതിമനോഹരനാണ് അങ്ങയെ കണ്ടാ തന്നെ എല്ലാ വിധത്തിലും ദുഃഖങ്ങളും തീരും അത്ര മനോഹരനായിട്ടുള്ള ആളാണ് അങ് അങ്ങനെയുള്ള അവിടുന്ന് കരുണയെ ചെയ്യടേ കരുണേ ചെയ്യടെ എന്നാ യോഗ്യതകളൊക്കെ ഉണ്ട് ഏഹ് കരുണേണ്ടതു കൊണ്ടേ എന്നാണെങ്കിൽ അങ്ങനെയുള്ള ആളാ ോകത്തെങ്കിൽ കരുണാകരനാണ് ലോകം എന്ന് പറഞ്ഞാൽ സകല ജനങ്ങളും എല്ലാവരിലും കരുണയുള്ള ആളാണ് കരുണാകരോസി ലോകേ സ്വമൻ കരുണയേ ചെയ്യടെ എന്ന് ആ പാദങ്ങളെ നമസ്കരിച്ച് കിടന്നുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു ആ സമയത്തെങ്ങൾ ഭഗവാൻ െ രണ്ട് കഴിക്കൊണ്ട് പിടിച്ചിട്ട് നിർത്തിയിട്ട് അത് അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ട് ആ സുഗ്രീവന്റെ മനസ്സില് ദുഃഖം ഇല്ലാണ്ടാവുണ്ട് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇതെന്നില്ലാണ്ട് ക്ലേശ അനുഭവിക്കണ്ടെന്നുള്ളത് ആ ദുഃഖമില്ലാതെ കണ്ടാവാം പാകത്തിന് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു എന്തിനു ഭയപ്പെടുന്നു എന്തിനു ദുഃഖിക്കുന്നു അങ്ങ് രക്ഷിക്കരുത് ദേശം പോലും സൂക്ഷിക്കരുത് എന്താണെങ്കിൽ അങ്ങ് രവിതനയാവീന്ദ്ര ചക്രവർത്തി അല്ലെ രവിതന രവിതനയനാണ് അങ്ങ് സൂര്യന്റെ പുത്രനായിട്ടുള്ള ആള് അങ്ങക്ക് വല്ലു സൂര്യന്റെ തേജസ്തു പോലെ തേജസ്സുള്ള ആളാണ് അതാണ് രവിതനയൻ എന്ന് പറയാൻ കാരണം സൂര്യന്റെ തേജസ്സിനു വല്ല നാശവും സംഭവിക്കൂ ആരെ കൊണ്ട് നശിപ്പിക്കാൻ പറ്റൂ അങ്ങനെ വൈഭവണ്ടഹി ഹി സഹേം അങ് ദുഃഖത്തെ ഉപേക്ഷിക്കൂ ഏ ദുഃഖിക്കേണ്ട ലേശം പോലും രക്ഷിക്കണ്ട അങ്ങയുടെ സ്ഥിതി എന്താ നിശ്ചണ്ടോപ്പൊന്ന് ക്രവർത്തി അങ്ക്രവർത്തി ആയിട്ടുള്ള ആളാണ് അങ്ങാണ് ചക്രവർത്തി അല്ലേ അല്ല അങ്ങാണ് വാനരചക്രവർത്തി അങ് കവർത്തിയാണ് അങ് അങ് അതുകൊണ്ട് ഞാനാണ് പറയണത് എന്നെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആൾക്ക് വേണ്ട യോഗ്യതകൾ ഉണ്ടാക്കി വരേണ്ടത് ഞാൻ എന്റെ ഭാര്യ സംശയിക്കണ്ട അങ് വാനര ചക്രവർത്തി ആയിട്ട് തീരും ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ അനുഗ്രഹിച്ചു എങ്ങനെ എങ്ങനെ പറഞ്ഞുണ്ടോ എന്താണ് സുഗ്രീവന്റെ മനസ്സിലെ ദുഃഖം ഇല്ലാതെ കണ്ടാവാം ഭാഗത്തിന് പറഞ്ഞുണ്ട് ഇതാണ് ഇങ്ങനെ സര സരസമുദീര സരസമാസം വണ്ണം രസമായിട്ടുള്ള കേട്ടാൽ അങ്ങോട്ട് സുഖാവണം ശവണ മാത്രമേ സുഖാവണം അല്ലേ എന്താ കാരണം ഇപ്പം പറയാനേ പറ്റുള്ളൂ പ്രവർത്തിക്കൽ പിന്നെയാണ് കേൾക്കുമ്പോൾ തന്നെ ഏ ഞാനങ്ങനെയായി എന്ന് തോന്നണം എന്താ കാരണം ഭഗവാൻ അങ്ങോട്ട് കൈ ശിരസിൽ വെച്ചോട്ടേ അവിടെ പറഞ്ഞില്ലേ ആ പറഞ്ഞപ്പോൾ സുഗ്രീവൻ്റെ മനസ്സിൽ തോന്നി ഞാൻ വാനരചക്രവർത്തിയാണത് എന്താ കാരണം വൈശിഷ്ട്യാണ് ഞാൻ സനാഥനാണ് ഇതുവരെ അനാഥനാണ് ആരുല്ലേ തന്നെ രക്ഷിക്കാനായിട്ട് എന്ന് വിചാരിച്ച് ക്ലേശിച്ചുകൊണ്ടിരുന്ന ആളാണ് സുഗ്രീവൻ അല്ലേ ഈ ഭഗവാന്റെ വാക്കാണ് കേട്ടപ്പോ അങ്ങനെയല്ല ഞാൻ എനിക്ക് സംരക്ഷകനായിട്ടൊരാളുണ്ട് ഞാൻ വനരചക്രവർത്തി തന്നെയാണ് എന്ന് സുഗ്രീവന്റെ മനസ്സിൽ തോന്നി അങ്ങനെ സുഗ്രീവനെ ിക്കൂടെ കേട്ടപ്പോ സുദ്രീവന് വളരെ സന്തോഷായിരിക്കും ഇങ്ങനെ ആ സുദ്രീവനെ ആ ഉള്ളിലുള്ള ദുഃഖം ഇല്ലാതെ കണ്ടാക്കി കൊടുക്കുന്നു ഇതുവരെ താൻ ഒന്നിനും പ്രാപ്തനല്ല കൊള്ളാത്തവനാണ് എന്നെ സംരക്ഷിക്കാനായിട്ട് ആരുല്ല സഹായിക്കാനായിട്ട് അരു എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന സുദ്രീവന് ഈ ഭഗവാന്റെ വാക്കുണ്ട് കേട്ടപ്പോ സരസമുദീരൻ ഭംഗിയായിട്ട വാക്ക് നിങ്ങൾ കേട്ടപ്പോൾ ആ ഭഗവാനെ വന്ദിച്ചുകൊണ്ട് അവളെ അതിന്റെ ശേഷം ഇനിയിപ്പെന്താ വേണ്ടേട്ട് താമസിക്കണ്ട സത്യം ചെയ്യാൻ എന്ന് പറഞ്ഞോണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രനും അതുപോലെ തന്നെ സുഗ്രീവനും തമ്മില് സഖ്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഹനുമാൻ ആ ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും ജന്മനെയും സുഗ്രീവന്റെ സമീപത്തെങ്ങനെ കുട്ടികൊണ്ടുവന്നു ആ സുഗ്രീവനെ ഓരോരോ വാക്കുകളെ കൊണ്ട് സന്തോഷിപ്പിച്ചു സഖ്യം ചെയ്യാൻ ആരംഭിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രനോ ഹനുമാൻ്റെ വാക്ക് ആയിട്ട് സുഗ്രീവ സമീപത്തെ പ്രാപിച്ച് സുഗ്രീവനെ അതിമനോഹരമായിട്ട് വാക്ക് വാക്കുകൊണ്ട് സന്തോഷിപ്പിച്ച് ീവനോട് സഖ്യം ചെയ്യാൻ ആഗ്രഹിക്കും കൊണ്ട് വർത്തിച്ചത് അപ്രകാരമെല്ലാം ഇരിക്കും ഭഗവാൻ ശ്രീരാമ